ഗുരുസ്മരണയോടുകൂടി കഠോപനക്ഷത്രീയ വന്നി പത്താമത്തെ മന്ത്രം വായിക്കണം ഇന്ദ്രിഭ്യ പരാഹ്യർ അർഭ്യശ്ച പരം മനഃ മനസസ്തു പരാ ബുദ്ധി ബുദ്ധേരാത്മാ മഹാൻപര മഹത്ത പരമവ്യം അവ്യക്തപുരുഷ परम പുരുഷാന്നരംചി സാ ക സഹ പരാഗതി ഗൂഢോത് ന പ്രശത്തെ ദൃശ്യത്തെ ത്വ്രിയ ബുദ്ധ്യ സൂക്ഷ്മയാ സൂക്ഷ്മദർശി ഉത്തര്യ വരാധത ശുര ധാരാ നിശിതാ ദുരത്യയാ ദുർഗം പധസ്തവയോ വദന്ദി അശബ്ദമസ്പർശമൂപമ്യയം തധാരസം നിത്യമഗന്ദവചയത് അദ്യനന്ദം മഹത പരം ധ്രുവം നിാത്തന്മൃത്ു മുഖാ പ്രമുച്യാചിതമുഖ്യ മൃത്യു പ്രോക്തം സനത ശ്രുവാചേ ബ്രഹ്മലോകീയ ഗുഹ്യം സംസതി പ്രയത ശ്രാദ്ധകാ തൽത്തെ ചർച്ച ചെയ്തത് പുരുഷൻ സർവശ്രേഷ്ഠമാണ് സർവത്തിനും പരമാണെന്നുള്ള കാര്യമാണ് അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി സൂത്രാത്മ മായ ഈ ക്രമത്തിൽ വിശദീകരിച്ച് അനപ്പുറമാണ് ഇന്ദ്രിയെന്ന് പറഞ്ഞു പുരുഷൻ പരമപുരുഷൻ എന്ന് പറഞ്ഞു ചോദ്യമുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി പറയുന്നുണ്ട് ഒരു സാധകന് സാധനയിൽ വീഴ്ച സംഭവിച്ചാൽ ഈ ജന്മം തന്നെ നഷ്ടമാണ് എന്ന് തീർച്ചയായിട്ടും പറഞ്ഞു മൂന്നാമത്തെ ദിവസം വീണ്ടും പറയുകയാണ് ഒരുവന്റെ അഹങ്കാരമാണ് ഈ വീഴ്ചക്ക് കാരണം തീർച്ചയായും അഹങ്കാരമാണ് അഹങ്കാരവും അയാളുടെ കർമ്മം ഇതെല്ലാം കാരണമാണ് മത്സര്യവും സ്പർദ്ധയും വളരെയധികം നിലനിൽക്കുന്ന ഈ ആധുനിക യുഗത്തിൽ അഹങ്കാരമില്ലാത്ത ഒരു ജീവിതത്തെ എങ്ങനെ അഹങ്കാരമില്ലാത്ത ഒരു ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അഹങ്കാരം കൂടിയ തീരു മത്സരവും സ്പർദ്ധയും എല്ലാം കൂടിയതീരു എന്നാണ് ഒട്ടും അഹങ്കാരമില്ലാതെ എങ്ങനെ സാധന തുടരും അഹങ്കാരം അല്ലെ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും നശിപ്പിക്കുന്നത് ഒട്ടും അഹങ്കാരമില്ലാതെ ജീവിക്കാൻ സാധിക്കുമോ അപ്പോ അഹങ്കാരം നിശേഷം ഒറ്റയടിക്ക് നശിക്കത്തില്ല എന്നാൽ നമുക്ക് ദോഷം ചെയ്യുന്ന അഹങ്കാരങ്ങളെ ഒഴിവാക്കി നല്ല അഹങ്കാരങ്ങളെ വെച്ചുകൊണ്ട് പോകാം തൽക്കാലം ആദ്യം നിവൃത്തിയുള്ളൂ വിശേഷം അഹങ്കാരം പോവുക എന്ന് പറയുന്നത് ഒടുവിലല്ലേ അത് അവസാനത്തെ പടിയാണ് അത് തുടക്കത്തിൽ സാധിക്കത്തില്ല ഒരു ഒരാൾ മാർഗമധ്യത്തിലാണെങ്കിൽ വഴിയിൽ ഏതെങ്കിലും ഭാഗത്തിലാണെങ്കിലും അയാൾക്ക് ചെയ്യാൻ കഴിയുന്നുള്ള എന്താണ് തന്റെ ശ്രേയസിന് ദോഷകരമായി വരുന്ന അഹന്തയെ തിരിക്കുക മുന്നോട്ട് പോകുന്നതിനൊരു അഹന്ത ആവശ്യമാണ് അതെന്തായാലും കൂടെ ഉണ്ടായിരിക്കും അത് തിരിക്കാൻ ഒക്കത്തില്ല അതിരിക്കും അങ്ങനെ മുന്നോട്ട് പോവുക അത്രേ പറ്റൂ ലോകത്തിന്റെ കാര്യം ലോകത്തിൽ ജീവിക്കാതിരിക്കുക അവനവനിൽ തന്നെ ജീവിക്കുക ലോകത്തെ നോക്കി ജീവിച്ചാല് ഈ പണി ഉപേക്ഷിക്കേണ്ടി വരും ഈ പണിയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല അപ്പൊ ലോകത്തെ നോക്കാതിരിക്കാൻ ലോകത്ത് പലതും നടക്കും മത്സരങ്ങളും സ്പർദ്ധയും ഒക്കെ നടക്കും അതൊന്നും നോക്കിട്ട് കാര്യമില്ല അവനവനെ തന്നെ നോക്കി ജീവിക്കുക കൂടെ താമസിക്കുന്നവനെ പോലും നോക്കരുത് അടുത്ത് കഴിയുന്നവനെ പോലും നോക്കരുത് നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ കൂടും മത്സര്യം മതം ഇതെല്ലാം കൂടും തന്നെ തന്നെ നോക്കി തന്നിട്ട് ഇതൊക്കെ എത്രയൊക്കെ അത് ഏതൊക്കെ പരിഹരിക്കാൻ പറ്റും അത് മാത്രം നോക്കുക അപ്പോൾ ലോകത്ത് നോക്കുമ്പോൾ പിന്നെ അടുത്തുള്ളവരെ നോക്കും അടുത്തുള്ളവർ നോക്കുമ്പോൾ അതിൽ പല പലരിലും അഹങ്കാരം കാണും പലരിലും പോരായ്മകൾ കാണും അതൊക്കെ കൂടുതൽ തന്നിൽ പിന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ട് ചുറ്റുപാടുകളെ നോക്കാതിരിക്കുക അവനവനെ തന്നെ നോക്കുക അവനവന് അവനവൻ ശരിയായാൽ ലോകം ശരിയായി എന്നാണ് ഒരു ആത്മീയ സാധകൻ കരുതേണ്ടത് ലോക ശരിയായിട്ട് പിന്നെ തനിക്ക് ശരിയാകാൻ പറ്റത്തില്ല താൻ ശരിയായാൽ തന്നെ സംബന്ധിച്ചുള്ള തന്റെ ചുറ്റുപാടുകൾ ലോകം മുഴുവൻ നന്നായി എന്ന് കരുതാനേ പറ്റൂ അടുത്തൊരു ചോദ്യം വരുന്നത് വർത്തമാനം പറയുന്നതിനെ സംസാരിക്കുക എന്നാണല്ലോ പറയുക പതിവ് അത് സംസാരിക്കാന്ന് മലയാളത്തിൽ പറയും കാരണം ഈ വർത്തമാനം പറച്ചിലാണ് ഈ സർവ്വ സംസാരത്തിന് കാരണമായി പിന്നെ മാറുന്നത് അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത് ഈ സംസാരം എന്ന വാക്കിന് സംസാരവുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് ഉണ്ടായതാണ് തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ വർത്തമാനം പറയുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അതാണ് പിന്നീട് കർമ്മത്തിനും ജന്മത്തിനും എല്ലാം കാരണമായി തീരുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബന്ധം അത് ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മുടെ ഈ സംസാരം എന്ന് പറയുന്ന സാധാരണഗതിയിൽ പറയുന്ന ഈ സംസാരം ഇത് തന്നെ അടുത്തു പറയാൻ പോകുന്ന അതാണല്ലോ ഈ സംസാരത്തെ നിയന്ത്രിക്കണം വാഗേന്ദ്രിയെന്ന് പറയുന്നു വാഗേന്ദ്രിയം തീർച്ചയായും അതല്ലേ വാഗ്മൗനം കാഷ്ടമൗനം എന്നൊക്കെ പറയാറുണ്ടല്ലോ അതൊക്കെ സാധനയായി സ്വീകരിക്കാൻ ഇത് നിയന്ത്രണം വളരെയധികം നിയന്ത്രിക്കേണ്ട ഒരു കാര്യമാണ് ഇതും സംസാരത്തിന് കാരണം തന്നെ പക്ഷെ മലയാളത്തിൽ സംസാരിക്കുക എന്ന് നമ്മൾ സംസ്കൃതത്തിൽ പറയുന്ന സംസാരവും തമ്മിൽ അർത്ഥവ്യത്യാസമുണ്ട് പക്ഷെ ഇതെല്ലാം ഈ സംസ്കരണത്തിന് ജനന കാരണം തന്നെ സാധകന്മാർ ഇതിനെയൊക്കെ നിയന്ത്രിക്കണമെന്നും പറയുന്നുണ്ട് അപ്പോ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് ആദ്യം വൃഷ്ടി ജീവന്റെ ഇന്ദ്രിയങ്ങളെക്കാൾ പരം മഹത്തമമായിരിക്കുന്നു സൂക്ഷ്മതരമായിരിക്കുന്നു വ്യാപകമായിരിക്കുന്നു അർത്ഥങ്ങൾ തന്മാത്രകൾ അതിനും പരമായിരിക്കുന്നു മന മനോരൂപത്തിലുള്ള തന്മാത്ര അതിനും പരമായിരിക്കുന്നു ബുദ്ധിരൂപത്തിലുള്ള തന്മാത്രകൾ ഭൂതസൂക്ഷ്മ അതിനും അപ്പുറമായിരിക്കുന്നു സമഷ്ടി ചിതജിത് രൂപമായിരിക്കുന്ന ചിജ്ജട പ്രഥമജൻ പ്രഥമജീവൻ എന്ന് പറഞ്ഞു അതിനു മാത്രമാണ് അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് മഹതോവി പരം സൂക്ഷ്മതരം പ്രത്യേകാത്മഭൂതം സർവമഹത്തരം ചവ്യക്തം സർവസോ ബീജഭൂതം അവ്യാകൃത നാമരൂപസതത്വം സർവകാര്യകാരണശക്തിസമാഹാരൂപം അവ്യക്ത അവ്യാകൃത ആകാശാദി നാമവാച്യം പരമാത്മന്യോദപ്രോതഭാവീന സമാശ്രിതം വടകണികായാം ഇവ വടവൃക്ഷ ശക്തി അങ്ങനെയാണ് ആലിന്റെ വിത്തൽ ഒരാൽ വിക്ഷം ഉണ്ടായി വരുന്നതിനുള്ള അത് വളരുന്നതിനുള്ള ശക്തി അടങ്ങിയിരിക്കുന്നു അതുപോലെ ഈ പ്രപഞ്ച കാരണമായിരിക്കുന്ന ശക്തി ആ പരബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു അതിനാശ്രയിച്ച് സ്ഥിതി ചെയ്യുന്നു ആ ശക്തിയാണ് ഇവിടെ അവ്യക്തം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനാണ് മായ എന്നും പറയുന്നത് അത് ഈ രണ്ടി ഗർഭനം കാരണമായിരിക്കുന്നു എന്ന് പറഞ്ഞു ചിന്തിക്കാമെന്നുള്ളതിൻ്റെ പരമാവധി അവ്യക്തം വരെ അവ്യുക്തത്തെ അവ്യുക്തമെന്ന് ചിന്തിക്കാം അതിനും അപ്പുറമാണ് പരമാത്മാവ് അതാണ് അടുത്തു പറയുന്നത് തസ്മാദ് അവ്യക്താത് പരഹ സൂക്ഷ്മതര സർവകാരണകാരണത് പ്രത്യേകാത്മത്വ അതേവ പുരുഷ സർവപൂരണാ അവ്യക്താത് പുരുഷപര അതിനെ വ്യാഖ്യാനിക്കുകയാണ് തസ്മാത് അവ വ്യക്ത ഈ അവ്യുക്തത്തിനും പരം അതിന്റെ അർത്ഥമാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് സൂക്ഷ്മതര സൂക്ഷ്മതരമാണ് സർവകാരണ കാരണത്വ സർവകാരണങ്ങൾക്കും കാരണമായിരിക്കുന്ന സർവകാരണ കാരണത്വ സർവകാരണങ്ങൾക്കും കാരണമായിരിക്കുന്നു പ്രത്യേകാത്മത്വാ പ്രത്യേക സ്വരൂപമാണത് ഓരോ ജീവന്റെയും യഥാർത്ഥ സ്വരൂപമാണത് വാസ്തവ സ്വരൂപം പ്രത്യേക സ്വരൂപം ഓരോ ജീവന്റെയും പ്രത്യേക ആത്മ യഥാർത്ഥ സ്വരൂപം പ്രത്യേക യാഥാത്മ്യം വാസ്തവം ആത്മ സ്വരൂപം വാസ്തവ സ്വരൂപം പ്രത്യേക ആത്മ ഓരോ ജീവന്റെയും വാസ്തവ സ്വരൂപമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത് മഹാൻ സർവവ്യാപിയുമാണ് അല്ല സർവ്വജീവന്മാരുടെ ജീവന്മാർ അനന്ത അനന്ത ജീവന്മാരുടെയും വാസ്തവ സ്വരൂപമായിരിക്കുന്നു അത് അതുകൊണ്ട് അത് മഹാനാണ് സർവ്വവ്യാപിയാണ് അതൈവ പുരുഷ അതുകൊണ്ട് തന്നെയാണ് അതിനെ പുരുഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് സർവപൂരണ സർവത്തിനും അത് നിറഞ്ഞിരിക്കുന്നു വ്യാപിച്ചിരിക്കുന്നു സർവപൂരണ സർവാൻപൂരേതീതി പുരുഷ സർവത്തെയും പൂരിപ്പിക്കുന്നത് സർവത്തെയും വ്യാപിച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ സർവത്തെയും ഉണ്മയുള്ളതാക്കി തീർക്കുന്നത് സർവത്തെയും സത്താവത്താക്കുന്നു സത്തയുള്ളതാക്കി തീർക്കുന്നു അത് സർവത്തെയും വ്യാപിക്കുക എന്ന് പറഞ്ഞു പുരുഷൻ സർവത്തിനും വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതിന് എന്താ ചെലവ് സർവത്തിനും ഉണ്മ അനുഭവപ്പെടുന്നുണ്ട് ആ ഉണ്മ പുരുഷന്റെ അടയാളമാണ് പുരുഷൻ സർവത്ര വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ് അങ്ങനെയാണ് അത് സർവത്തെയും പൂരിപ്പിച്ചിരിക്കുന്നത് സദ്രൂപത്തിൽ സർവപൂരണ പുരുഷൻ എന്ന് പേര് വരാൻ കാരണം ം നിവാരൻ പരം അടുത്ത മന്ത്രത്തിൽ പറഞ്ഞെന്താണ് അവ്യക്ത പുരുഷാന്ന പരം അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച അനവസ്ഥയിലേക്ക് ഒരന്തമില്ലാത്ത രീതിയിൽ പോകണ്ട എന്തുകൊണ്ട് തതോ അന്യസ്യ അതിനപ്പുറം ിന്റെ പ്രസംഗം പ്രസക്തി പ്രാപ്തി നിവാരൻ നിഷേധിച്ചുകൊണ്ട് ആഹാ ശ്രുതി പറയുന്നു ആഹാ പറയുന്നു ആര് പറയുന്നു ശ്രുതി പറയുകയാണ് അല്ലെങ്കിൽ യമദേവൻ നജികേസിനോട് പറയുകയാണ് പുരുഷ എന്ന പരം പുരുഷനും സൂക്ഷ്മമായി അപ്പുറമായി വ്യാപകമായി ഒന്നും തന്നെ ഇല്ല എന്നർത്ഥം കാരണം നമ്മൾ അന്വേഷിക്കുന്നത് ഉണ്മയുടെ ഉറവിടമാണ് അതെവിടെ ചെന്ന് നീക്കും ഉണ്മയിൽ തന്നെ നീക്കും അപ്പോ അതിനപ്പുറം അങ്ങനെ ഒന്ന് അതിന്റെ പ്രസക്തിയില്ല പ്രാപ്തിയില്ല എന്നർക്കും സർവവും നിലനിൽക്കുന്നത് ഉണ്മയിലാണ് സത്തിലാണ് അപ്പൊ സത്തിനപ്പുറം അങ്ങനെ ചിന്തിക്കാൻ മനുഷ്യന്റെ ബുദ്ധിക്ക് പ്രാപ്തിയില്ല അതുകൊണ്ട് അതിനപ്പുറമുള്ള ഒന്നിന് കുറിച്ച് ചർച്ച ചിന്ത വാക്ക് ഒന്നിനും പ്രസക്തിയില്ല പരസ്യ പ്രസംഗം നിവാരൻ അതിനപ്പുറം ഉള്ള ഒന്ന് എന്നുള്ള പരമാത്മാവിന്റെ പരമാത്മാവ് എന്തായിരിക്കും അത് ആ പരമാത്മ സ്വരൂപം തന്നെ അതിനപ്പുറം ഒന്ന് ചിന്തിക്കാൻ ഉള്ള ശേഷി ബുദ്ധിക്കില്ല അതിനെ നിഷേധിക്കുന്നു ഇവിടെ അങ്ങനെ ഒന്ന് കടന്നു പോകാൻ ബുദ്ധിക്ക് അങ്ങോട്ട് കിടക്കാൻ കഴിയത്തില്ല അത് സ്വസ്വരൂപത്തിൽ നിന്ന് വ്യതിചരിക്കാൻ ചിന്തിക്കുന്നവന് കഴിയത്തില്ല ആ ചിന്ത ചെന്ന് അവസാനിക്കുന്നത് എന്തിന്റെ അവസാനം സ്വരൂപത്തിലാണ് സുസ്വരൂപത്തിലാണ് അതാണ് പരമാത്മാവ് എന്ന് പറഞ്ഞു പുരുഷാദ് പരംചിതരം യസ്മാൻ നാസ്തി പുരുഷാദ് ആ പുരുഷനിൽ നിന്നും യസ്മാത് പുരുഷന്ന്സ്തി ആ പുരുഷനിൽ നിന്നും മറ്റൊന്നില്ല അതെങ്ങനെയുള്ളതാണ് ചിന്മാത്ര ഘനാ ചിൻ ചിതേകൂപാ ചിന്മാത്രം ചിദേവം കേവലമായ ചിത് ഘനം സ്വരൂപം അചിത് ഘനമാണ് ചിത് സ്വരൂപമാണ് ജ്ഞാനസ്വരൂപമാണ് അത് ബോധസ്വരൂപമാണ് അറിവിന്റെ സ്വരൂപമാണ് അത് അങ്ങനെയുള്ള അറിവിന്റെ സ്വരൂപമായിരിക്കുന്ന ആ പുരുഷൻ അതിനപ്പുറം എന്ന് പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അറിവിനപ്പുറം അറിവിനപ്പുറം അറിയുന്നത് എന്തുകൊണ്ട് അതിനൊരറിവുണ്ടോ അറിയുന്നുണ്ടെങ്കിൽ അത് തന്നെ അറിവ് അപ്പോൾ അറിവിന് ഒരിക്കുന്ന അറിവിനപ്പുറം പോകാൻ അറിവിന് പ്രാപ്തിയില്ല അറിവിന് അറിവിൽ നിൽക്കാനേ കഴിയും അതാണ് അറിവിന്റെ പൂർണത പൂർണമത പൂർണമിതം എന്ന് പറയുന്നത് അറിവിന് അറിവിനെ കടന്നു പോകേണ്ട കാര്യമില്ല അറിവിനെ കടന്നു പോകാൻ അതിന് കഴിയത്തില്ല അറിവ് അറിവിൽ തന്നെ നിലനിൽക്കുന്നു അതുകൊണ്ട് ഈശ്വരന്റെ ഈശ്വരനെ കുറിച്ച് അന്വേഷിക്കേണ്ട ചിദ്ഘനമാത്രം എന്ന് പറയുന്നത് പരമാത്മാവെന്ന് പറയുന്നത് സച്ചിദാനന്ദ സ്വരൂപമാണെന്ന് സ്വീകരിച്ചാൽ മാത്രമേ രണ്ടാമത് ഈശ്വരന്റെ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ വീണ്ടും ഈശ്വരന്മാർ വേണ്ടി വരും അത് ചിതാണ് കത്താണ് എങ്കിൽ അത് പൂർണ്ണമാവും അതിനപ്പുറം പൂർണ്ണതയ്ക്കപ്പുറം അങ്ങനെ മനുഷ്യന്റെ ബുദ്ധിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല ഈശ്വരൻ വിലയിക്കുന്നു അതുകൊണ്ട് ആണ് അങ്ങനെ പറയുന്നത് ചിത് ഖന ചി മാത്രഘന കേവല ചിത് സ്വരൂപമാണ് ബോധസ്വരൂപമാണ് അതിനപ്പുറം കിഞ്ചിതപി വസ്തുതരം ഒരു വസ്തുവുമില്ല അതുകൊണ്ട് ചിന്തിക്കാനേ കഴിയത്തില്ല ബുദ്ധി പ്രവർത്തിക്കത്തില്ല ബുദ്ധിയുടെ പരമാവധിയാണ് തസ്മാത്വ മഹത്വ പ്രത്യേകാത്മത്വാനാണ് സാഷ്ട്രവസാന് അതുകൊണ്ടെന്താണ് ഇതുവരെ ചിന്തിച്ചത് മനസ്സിലാക്കണം സൂക്ഷ്മത്വം മഹത്വം പ്രത്യേകാത്മത്വം ഇതിന്റെ എല്ലാം പരിവസാണ് സൂക്ഷ്മത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ ആ സൂക്ഷ്മത്തിന്റെ പരിവസാണ് ഇവിടെ ഈ പുരുഷന് അതുപോലെ തന്നെ മഹത്വം വ്യാപകത്തിൽ നിന്നും വ്യാപകത്തിലേക്ക് ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ചു പോയാൽ അതിന്റെ പരിവസാനം ഇവിടെ ഈ പുരുഷന് അതുപോലെ പ്രത്യേകാത്മ സ്വരൂപം ഒരു വസ്തുവിന്റെ യാഥാത്മ്യം ആ യാഥാത്മ്യത്തെക്കുറിച്ച് ചിന്തിച്ചു പോവുക കാര്യത്തിൽ നിന്നും കാരണത്തിലേക്ക് കുടത്തിന്റെ യാഥാത്മ്യം എന്താണ് മണ്ണ് ആ മണ്ണിന്റെ യാഥാർത്ഥ്യം എന്താണ് ആ മണ്ണിലെ മൺ തരികൾ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു പോയാലും പ്രത്യേകാത്മത്വം എന്ന് പറയുന്നത് വസ്തു യാഥാർത്ഥ്യം വസ്തുയാഥാർത്ഥ്യത്തിന്റെയും സൂക്ഷ്മത്തിന്റെയും വ്യാപകത്വത്തിന്റെയും സാഷ്ട അതാണ് കാഷ്ഠ അതിന്റെ അർത്ഥമാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് നിഷ്ഠ അതൊന്നുകൂടി വിശദീകരിച്ചിരിക്കുകയാണ് പര്യവസനം അതിന്റെ പര്യവസാനം അത് ചെന്ന് ചേരുന്നത് അതിന്റെ അങ്ങേ അറ്റത്ത നില അതാണ് പുരുഷൻ അതിനപ്പുറം ഒന്നില്ല അത് ചിഖനരൂപമായിരിക്കുന്നു എന്ന് സൂക്ഷ്മ താരതമ്യക്രമത്തിൽ പരമാത്മാവിൽ മനസ്സിനെ എത്തിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ആ രീതിയിൽ വിചാരം ഭാവന ചെയ്യുന്നതിനും വേണ്ടി ശ്രുതിക്രമമായി ഇങ്ങനെ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇതിനെല്ലാം പരമായിരിക്കുന്നത് ഏതോ അതാണ് പരമാത്മാവെന്ന് അത്രഹിന്ദ്രിയാദി പരിസമാപ്തി ഇവിടെ ബാഹ്യങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളിൽ തുടങ്ങി ഇന്ദ്രിയം തന്നെ സൂക്ഷ്മങ്ങളാണ് ആ സൂക്ഷ്മം സൂക്ഷ്മതരം സൂക്ഷ്മത്തമം എന്നിങ്ങനെ പോകുന്ന ആ സൂക്ഷ്മതയുടെ പരിസമാപ്തി അത്രഹി ഈ പരമാത്മാവിലാണ് ാര ഇന്ദ്രിയങ്ങളിൽ നിന്ന് തുടങ്ങി സൂക്ഷ്മി പരിസമാപ്തി സൂക്ഷ്മം വ്യാപകത്വം സത്യം യാഥാത്മ്യം ഇതിന്റെ എല്ലാം പരിസമാപ്തി ആ പരമാത്മാവിനാണ് പരമാത്മാവിന് ഇതെല്ലാം അവസാനിക്കുന്നു അതയേവച് ഗന്ധ്രൂണാം സർവഗതിമതാം സംസാരിണാം പരാപ്രകൃഷ്ടെന്താണ് ജനന മരണങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവർ സർവഗതിമതാം സംസാരണം സർവ സംസാരികളുടെയും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ സംസാരികളുടെയും സർവജീവന്മാരുടെയും പരാപ്രകൃഷ്ഠയായ ഏറ്റവും ഉയർന്ന ശ്രേഷ്ഠമായ ഗതി പ്രാപ്യസ്ഥാനം ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം എത്തിച്ചേരുന്ന സ്ഥാനം ഏറ്റവും ഉയർന്ന സ്ഥാനം അതാണ് ആ പരമാത്മാവ് അതിനെത്തന്തേ എന്ന് ഭഗവാനും പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ ഏകോദിനെ പ്രാപിച്ചാലാണോ പിന്നീട് തിരിച്ചു വരാതിരിക്കുന്നത് ഈ സംസാരം ജനന മരണങ്ങൾ അവസാനിക്കുന്നത് എന്ന് ആ സ്ഥാനത്തെ ഭഗവാൻ വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് ഗീതയെ ഭഗവത്വാക്യത്തോടെ പ്രമാണമായി ഭാഷകാരൻ നിർദ്ദേശിച്ചിരിക്കുന്നതാണ് യദ്ഗത്വ എന്ന നിവർത്തന്ത അതാണ് ഈ ചിന്തയുടെ അവസാനം ഉപാസനയുടെ ഭാവനയുടെ അല്ല അവസാനം ആ പരമാത്മ സ്വരൂപമാണ് എന്നുള്ളതാണ് ഈ മന്ത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ദ്രിഭ്യ പരാ ഹ്യർ അത്ഭ്യ പരം മനഃ മനസസ്തു പരാ ബുദ്ധി ബുദ്ധേരാത്മാ महदप പര മഹത പരമവ്യം അവ്യക്തപുരുഷ പര പുരുഷന്ന പരം കിഞ്ചിത് ഇവിടെ അത് പരമായ ഗതിയാണെന്ന് പറഞ്ഞു അപ്പോൾ അത് കേൾക്കുന്ന ശിഷ്യനൊരു സംശയം ഉണ്ടാകുന്നു അതിന്റെ സമാധാനമാണ് അടുത്ത് പറയുന്നത് എന്നു ഗതിച്ച് ആഗത്യാവിഭവിതവും ഗതി ഗനം പോക്ക് സംഭവിച്ചാൽ തിരിച്ചുവരവ് സംഭവിക്കണം ഗതിശ്ചെയ് ഗതിയെ അംഗീകരിച്ചാൽ ആഗത്യാഭവിതവ്യം ആഗതിയും സംഭവിക്കേണ്ടതാണ് തിരിച്ചു വരവ് ഈ പുരുഷനെ ജീവൻ പോയി പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവന് പ്രാപിച്ചിട്ട് മടങ്ങി വരേണ്ടിയും വരും കാരണം ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന് വിപരീതമായ ിക്കണം അത് യസ്മാത് ഭൂയോ എന്ന ജായതേരി അതാണെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞു ഭൂയോ എന്ന ജായതേ വീണ്ടും ജനിക്കുന്നില്ല എന്നെന്തുകൊണ്ട് പറഞ്ഞു വീണ്ടും മടങ്ങി വരുന്നില്ല എന്നെന്തുകൊണ്ട് പറഞ്ഞു അതിനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു മടങ്ങി വരുന്നില്ല പറഞ്ഞു ഇത് പരസ്പര വിരുദ്ധമായ കാര്യമാണ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോയി ആ സ്ഥലത്ത് എത്തിച്ചേർന്നാൽ എപ്പോഴും അവിടെ നിന്നും തിരിച്ചു വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് എപ്പോഴെങ്കിലും അത് സംഭവിക്കാം ഒരു സ്ഥലത്ത് പോയി താമസിക്കുന്നു അവിടെ നിന്ന് മടങ്ങേണ്ടി വരും മരണത്തോടെങ്കിലും മടങ്ങേണ്ടി വരും അപ്പൊ പോക്ക് വരവ് ഗതാഗതം ഗമനമുണ്ടെങ്കിൽ ആഗമനമോ അങ്ങനെ ഇരിക്കുക ഇവിടെ പറഞ്ഞു എന്താണ് യസ്മാ ജായതേന്ന് നിവൃത്തന്തെ എന്നെല്ലാം പറയുന്നുണ്ടല്ലോ അതെന്തുകൊണ്ട് പറയുന്നു എന്നാണ് അപ്പൊ ജീവൻ ചോദ്യത്തിന് താൽപ്പര്യം ആണ് ജീവൻ പരിശ്രമിച്ച് മോക്ഷത്തെ നേടിക്കഴിഞ്ഞാൽ വീണ്ടും സംസാരം ഉണ്ടാകത്തില്ല വീണ്ടും അജ്ഞാനം അവനെ ബാധിക്കത്തില്ല അങ്ങനെ സംശയിക്കണ്ട ഈ ആത്മതത്വ പ്രതിപാദനത്തിൽ അങ്ങനെയൊരു ദോഷം വരുന്നില്ല സർവസ്വ പ്രത്യേകാത്മത്വ അപഗതിരേവതിപ്പിച്ചത് ഉപചരിയതേ ഈ പറയുന്ന പരാകാഷ്ട പരമാത്മ സ്ഥാനം എന്ന് പറയുന്നതാണ് സർവസ്യ സർവപ്രാണിജാത സർവപ്രാണികളുടെയും സർവപ്രപഞ്ചത്തിന്റെയും പ്രത്യേകാത്മത്വ പ്രത്യേക സ്വരൂപമാണ് ആന്തരികസ്വരൂപമാണത് അധിഷ്ഠാന സ്വരൂപമാണ് യഥാർത്ഥ സ്വരൂപമാണത് അതുകൊണ്ട് തന്നെ തന്നെ പ്രാപിക്കുക എന്ന് പറഞ്ഞെന്താ അതിന്റെ താല്പര്യം അവഗതിരേവ്യതിരിച്ചത് ഉപചര്യത് അവഗതി ജ്ഞാനം അതിനെയാണ് ഇവിടെ ഗതി എന്ന് പറഞ്ഞത് ഗൌണമായി പറഞ്ഞത് അതിൻ്റെ മുഖ്യമായ അർത്ഥം അവഗതി എന്നർത്ഥമാണ് അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരാതിരിക്കും തിരിച്ചു വരത്തില്ല എന്ന് പറയുന്നത് കൊണ്ട് മനസ്സിലാക്കാം ഇവിടെ പ്രാപിക്കുകയല്ല ജീവൻ വളരെ പരിശ്രമിച്ച് തന്നിൽ നിന്നും അന്യനായ പരമാത്മാവിനെ പ്രാപിക്കുന്നതല്ല മോക്ഷം സർവശക്തനായ ഈശ്വരന് പരിശ്രമിച്ച് പ്രാപിക്കുന്നതല്ല മോക്ഷം ഇവിടെ അദ്വൈത മതമനുസരിച്ച് ഇവിടെ എന്താണ് അവഗതിയാണ് ആ പരമാത്മാവിന്റെ സാക്ഷാത്കാരമാണ് അതെവിടെ സാക്ഷാത്കരിക്കുന്നു തന്നിൽ തന്നെ എങ്ങനെ പ്രത്യേകാത്മത്വ തന്റെ തന്നെ ആന്തരികസ്വരൂപമായി ഈശ്വരൻ തന്റെ തന്നെ ആന്തരിക സ്വരൂപമാണ് എന്ന് സാക്ഷാത്കരിക്കുക അവഗതി അതാണ് എന്താണ് തന്റെ ആ യാഥാത്മ്യം അത് വീണ്ടും വിശദീകരിക്കുന്നു പ്രത്യേകാത്മത്വം ചർശിതം ഇന്ദ്രിയ മനോബുദ്ധി പരത്വ ആ പ്രത്യേകാത്മ സ്വരൂപം തന്റെ ആ സ്വരൂപം എന്ന് പറഞ്ഞു ആന്തരിക സ്വരൂപം എന്ന് പറഞ്ഞു അത് എവിടെ എവിടെയിരിക്കുന്നു ദർശിതം അത് വിശദീകരിച്ചിട്ടുണ്ട് മുമ്പ് തന്നെ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് എങ്ങനെ ഇന്ദ്രിയ മനോബുദ്ധിപരത്തിന ഇന്ദ്രിയത്തിനും മനസ്സിന് ബുദ്ധിക്ക് എല്ലാം പരമായിട്ട് അപ്പുറമായിട്ട് ഈ ശരീരത്തിൽ ഈ ജീവനൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശരീര ഇന്ദ്രിയ പരമായി സൂക്ഷ്മമായി വ്യാപകമായി ആന്തരികമായി ആ പരമാത്മ ചൈതന്യം സ്ഥിതി ചെയ്യുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കിയതാണ് യോഹി ഗന്ധ സോ അഗദം ൂപം ഗനാത്മഭൂതം ന വിപരീണം യോഹി ഗന്ധ ഇനി മോക്ഷത്തിന് വേണ്ടി ചിലർ പരിശ്രമിക്കുന്നുണ്ടല്ലോ അവർ കരുതുന്ന എന്താണ് മോക്ഷം നേടണം മരിച്ചതിന് ശേഷം ഈ ശരീരം നശിച്ച് ഈ ജീവൻ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് ഏതെങ്കിലും ഒരു ലോകത്തിലെത്തിച്ചേർന്നു തന്റെ ഉപാസ്യം ദേവന്റെ ലോകത്തിലെത്തിച്ചേർന്നു അവിടെ ആ ദേവനോടൊപ്പം കഴിയുന്നു അല്ലെങ്കിൽ ആ ദേവന്റെ സ്വരൂപമായി കഴിയുന്നു സാലോക്യം സാരൂപ്യം സായുജ്യം എന്നെല്ലാം പറയാറുണ്ടല്ലോ ഇങ്ങനെ പലതരത്തിൽ മോക്ഷത്തെക്കുറിച്ചുള്ള കൽപ്പനകളുണ്ട് അറിയുന്നത് യോഹി ഗന്ധ ആ കൽപ്പനകളുള്ളവരെന്തു ചെയ്യുന്നു അതിനനുസൃതമായ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരൂടെ ഗന്ധ എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ മോക്ഷത്തിന് വേണ്ടി സഞ്ചരിക്കുന്നവർ അവർ സോ ആ ഗതം അപ്രത്യഗ്രൂപം ഗച്ചതി അവർ ഈ പ്രത്യഗ്രൂപത്തെത്തിച്ചേരുന്നില്ല അനാത്മഭൂതം ആത്മാവിൽ അവരെത്തിച്ചേരുന്നില്ല എന്ന വിപരീണം മറിച്ച് സംഭവിക്കുന്നില്ല അവരെത്തിച്ചേരുന്നത് പോകുന്നവർ എത്തിച്ചേരുന്നത് അനാത്മവസ്തുവിലായിരിക്കും പരമാത്മാവിലായിരിക്കില്ല പരമാർത്ഥമായ പരമാത്മാവിലായിരിക്കില്ല അവരെത്തിച്ചേരുന്നത് ഇഷ്ടദേവന്മാരുടെ ലോകത്തോ മറ്റെവിടെയെങ്കിലും ആയിരിക്കും മറിച്ച് സംഭവിക്കുന്നില്ല എന്ന വിവരിയണം യാഥാർത്ഥ്യത്തെ അവരറിയുന്നില്ല അവർക്ക് അവഗതി ഉണ്ടാകുന്നില്ല സാക്ഷാത്കാരം ഉണ്ടാകുന്നില്ല എന്നാണ് തഥാല് ശ്രുതി ഇക്കാര്യം ശ്രുതി മറ്റു ഭാഗങ്ങളിലും വ്യക്തമാക്കുന്നുണ്ട് എന്താണ് അനധ്വസു പാരൈഷ്ണവ ഇത്യാദിയ ശ്രുതി ഇതിനെക്കുറിച്ച് പറയുന്ന എന്താണ് വേദം തന്നെ പാരയിഷ്ണവ ഈ സംസാരത്തെ മറികടക്കുന്നവർ എന്നർത്ഥം നമ്മൾ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് പോകുന്നതിനൊരു വഴി കാണും വഴിയിൽ നമ്മുടെ കാൽപാദം നമ്മുടെ കാഴ്ചവോടുകൾ പതിഞ്ഞിരിക്കും എന്നു വെച്ചാൽ നമ്മൾ വഴി നടന്ന ഒരു ഭാഗമുണ്ടായി ഒരു വഴിയുണ്ടായി ആ വഴിയിൽ നമ്മൾ പലതും അവശേഷിപ്പിച്ചിട്ടായിരിക്കും മുമ്പോട്ട് പോകും പക്ഷെ ഇവിടെ പാരയിഷ്ണവ ഇതിനെ മറികടക്കുന്നവർ ഈ സംസാര സമുദ്രത്തെ മറികടക്കുന്നവർ എന്താണ് അധ്വസ്തവും ഈ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ആത്മീയ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഇതിനെ മറികടക്കുന്നവർ വാസ്തവത്തിൽ എങ്ങനെയാണ് അനധുഗാഹ അവർ വഴിയില്ലാത്തവരാണ് അതായത് ഈ വഴിയിലൂടെ നടന്നു പോകുന്നവർ വാസ്തവത്തിൽ മാർഗരഹിതന്മാരാണ് അനധ്വുകാഹ അധ്വാർഗം അധ്വില്ലാത്തവരാണ് മാർഗമില്ലാത്തവരാണ് എന്നു പറഞ്ഞാൽ ഒരു മാർഗത്തിലൂടെ സഞ്ചരിച്ച് എത്തിച്ചേരേണ്ട അന്യമായ ഒരു ലക്ഷ്യത്തിലേക്ക് അവർ ഒരിക്കലും യാത്ര ചെയ്യുന്നില്ല മാർഗരഹിതമായ ഒരു യാത്രയാണ് വഴിയില്ലാത്ത ഒരു വഴിയാത്രയാണ് അവർ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം വഴിയില്ലാത്ത ഒരു വഴിയാത്ര ഒരു വഴിയിലൂടെ സഞ്ചരിക്കാതെയുള്ള ഒരു വഴിയാത്ര അതാണ് അവര് നടത്തുന്നത് ആര് ഈ സംസാര സാഗരത്തെ പൂർണമായും തരണം ചെയ്തുകൊണ്ട് അല്ലാതെ വഴിയാത്രം നടത്തുന്നവരോണ്ട് അവർ വീണ്ടും ഈ സംസാരത്തിലേക്ക് മടങ്ങി വരും അതാണ് നമ്മൾ ഉത്തരായണം ദക്ഷിണായണം എന്നെല്ലാം ആ ബ്രഹ്മഭുനാഥ് രീതിയിൽ പറയുമല്ലോ പുനരാവർത്തനം സംഭവിക്കുന്നു അപ്പോൾ അവർക്ക് വഴിയുണ്ട് പോകുന്നതിനൊരു വഴിയുണ്ട് ആ വഴിയെ തന്നെ തിരിച്ചു വരാം അല്ലെങ്കിൽ വഴി അവർക്ക് തിരിച്ചു ഇവിടെ എന്താണ് അനധ്വതന്മാരാണ് വഴിയില്ലാത്തവരാണ് എന്ന് വെച്ചാൽ എന്താണ് മറ്റൊരു പറയുന്നു അവന്റെ പ്രാണൻ അവന്റെ ജീവൻ നിഷ്ക്രമിക്കുന്നില്ല ജീവനിഷ്ക്രമണം ജീവൻ സഞ്ചരിക്കുക പറയുന്നത് മുക്തനിൽ സംഭവിക്കുന്നില്ല എന്നാണ് അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഒരു വഴി അതിന് വേണ്ടി വരുന്നത് നമ്മൾ പറയുന്നുണ്ടല്ലോ മൂർധാവും സൂര്യനാടിയും ഇതൊക്കെ വേണ്ടി വരുന്നതിന് ഇങ്ങനെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അതിൻ്റെയൊന്നും ആവശ്യമില്ല കാരണം ഇവിടെ കേവലമായ സ്വരൂപ സാക്ഷാത്കാരമാണ് ആ സ്വരൂപസാക്ഷാത്കാരം എന്ന് പറയുന്നത് സത്യത്തെക്കുറിച്ചുള്ള ബോധമാണ് ആ ബോധത്തിൽ എല്ലാ വഴികളും അവിടെ അവസാനിക്കുകയാണ് അതുവരെ പിന്നിട്ട് പിന്നിട്ട എല്ലാ വഴികളും വഴികളല്ലാതായിത്തീരുകയാണ് വളരെയധികം സഞ്ചരിച്ചിരിക്കും പക്ഷെ ആ സഞ്ചാരങ്ങളിലൂടെ അല്ല അവൻ പരമാർത്ഥ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് ഗമനത്തിലൂടെയല്ല പ്രവൃത്തിയിലൂടെയല്ല ക്രിയയിലൂടെയല്ല മറിച്ച് ബോധത്തിലൂടെ സാക്ഷാത്കാരത്തിലൂടെയാണ് അതാണ് ശ്രുതി പറഞ്ഞിരിക്കുന്നത് അനധുതാ വഴിയില്ലാത്തവരാണ് അദ്ധ്വസ്തീയ മാർഗത്തിൽ ഈ ആത്മീയ മാർഗത്തിൽ പാരയിഷ്ണ ഈ സംസാര സമുദ്രത്തെ കടന്നവർ എല്ലാം അത് പറയും മഹത്തുക്കളുടെ വേറൊരു രീതിയിൽ പറയും മഹാഭാരതത്തിൽ മറ്റും പറയും മഹത്തുക്കളുടെ മാർഗത്തെ തിരക്ക് എന്ന് പറയുന്നത് ആകാശത്തിൽ പറന്ന പക്ഷികളുടെ ചോടന്വേഷിക്കും പോലെയാണ് എന്ന് പറയും ആകാശത്തിൽ പറക്കുന്ന പക്ഷികളുടെ കാൽപാദം അന്വേഷിക്കാൻ നടക്കേണ്ട ഒരാൾ എവിടെയാണ് അതിന്റെ കാൽപ്പാദം പതിഞ്ഞിരിക്കുന്നതെന്ന് എന്തുകൊണ്ട് ഭൂമിയിൽ നടക്കുന്ന മനുഷ്യർക്കുടേയെല്ലാം കാൽപാദം എവിടെയെങ്കിലുമൊക്കെ പതിഞ്ഞിരിക്കും ആ കാൽപാദത്തെ പിന്തുടർന്ന് നമുക്ക് പോകാം പക്ഷെ ആകാശത്ത് പറക്കുന്ന പക്ഷികളെ അങ്ങനെ പിന്തുടരാൻ പറ്റത്തില്ല അവയുടെ കാൽപാദം അവിടെ ശേഷിക്കുന്നില്ല ഇത് മഹാഭാരതത്തിൽ പറയുന്നതാണ് അത് എന്നെ ശ്രുതി എന്റെ വ്യാഖ്യാനമാണ് പുരാണ ഇതിഹാസങ്ങളെല്ലാം അതുകൊണ്ട് മഹാത്മാക്കളെ അതുകൊണ്ടാണ് നമ്മൾ കൂടെ കൂടെ പറയാറുള്ളത് എന്താണ് മഹാത്മാക്കളെ നിരൂപണം ചെയ്യാൻ പാടില്ല നന്മതന്മകൾ ചിന്തിക്കാൻ പാടില്ല അവര് അതിൽ കൂടിയതാരാണ് കുറഞ്ഞതാരാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല ശ്രേഷ്ഠന്മാരാരാണ് നികൃഷ്ടന്മാരാരാണ് അവൻ ആചാര വിചാരങ്ങളെ സദാചാരമെന്നോ ദുരാചാരമെന്നോ ചിന്തിക്കാൻ പാടില്ല അത് വിട്ടയ്ക്കുക അതെന്താണ് അനധുഗാഹ മാർഗരഹിതന്മാരാണ് നമ്മുടെ ചിന്തക്ക് വിശകലനത്തിന് ബുദ്ധിക്ക് ഒന്നും വഴിപ്പെടുന്ന കാര്യങ്ങളല്ല അത് തന്നെ വേറെ രീതിയിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് മാർഗരഹിതന്മാരാണ് അതുകൊണ്ടവർ സഞ്ചരിക്കുന്നില്ല അവരൊന്നും അവശേഷിപ്പിക്കുന്നില്ല കേവല ആത്മ സ്വരൂപങ്ങളായി സ്ഥിതി ചെയ്യുന്നു കഥാച ദർശി പ്രത്യേകാത്മത്വം സർവസ്യ അതുകൊണ്ട് ഭാഷകാരൻ പറയുന്നു അതുകൊണ്ടെന്താണ് ശ്രുതി ഇവിടെ കാണിച്ചു തരികയാണ് ആ പരമാത്മാവിന് എങ്ങനെ പ്രത്യേകാത്മത്വം സർവസ്യ പ്രത്യേകാത്മത്വം സർവത്തിന്റെയും പ്രത്യേകാത്മാവായി വാസ്തവ സ്വരൂപമായി യാഥാർത്ഥ്യമായി സത്യമായി ഉണ്മയായി ബോധമായി അതിനെ കാണിച്ചു തന്നിരിക്കുകയാണ് അതിനപ്പുറത്തിന് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ സാധ്യമല്ല പരമാവധി ഇവിടെ അതിനെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ പരമാത്മാവ് ഒരേ സമയം വ്യക്തവും അവ്യക്തവുമാണ് ഇത് നമുക്ക് വ്യക്തമാണെന്ന് തോന്നും അതേസമയം അത് അവ്യക്തമായും മരിക്കും ഇത് അവ്യക്തമാണെന്ന് തോന്നുന്നു അതേസമയം വ്യക്തമായും മരിക്കുന്നു ഇതിനെ കുറിച്ച് അറിയാം എന്നാലൊന്നും അറിയില്ല ഈ തരത്തിലാണ് പരമാത്മബോധം ഒരു സാധകനെ നൽകുന്നു അത് ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടോ അറിയുന്നില്ല എന്ന് പറയാൻ പയ്യോ എന്നറിയുന്നുണ്ടോ അറിയുന്നുണ്ടെന്ന് തർപ്പിച്ച് പറയാനും പയ്യോ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അതാണ് അടുത്ത മന്ദിരത്തിൽ പറയുന്നത് ദൃശ്യത്തെ ന്യാ സൂക്ഷ്മ സൂക്ഷ്മദർശിഷ പുരുഷു ബ്രഹ്മാതി സ്തംബപര്യന്ത ഭൂത ഗൂഢ സംവൃദർശനശ്രവർമ്മ അവിദ്യമായാോ അതേവ ആത്മാ പ്രകാശത്തെ ആത്മത്വനു കസിച്ച ഈ പുരുഷൻ ഇത്രയും സാഹസപ്പെട്ട് ശ്രുതി നമ്മളെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നതായി പുരുഷൻ ഈ പുരുഷൻ എവിടെയിരിക്കുന്നു സർവേഷു ബ്രഹ്മാതി സ്തംഭപരിതേഷു ബ്രഹ്മാവ് തുടങ്ങി സ്തംഭം തൃണം പുല്ല് പുൽക്കൊടി വരെ പര്യന്തേഷു ബ്രഹ്മാവ് തുടങ്ങി പുൽക്കൊടി വരെയുള്ള സ്തംഭമെന്ന് പറഞ്ഞ തൂണെന്നുണ്ട് അതല്ല സ്തംഭം ഇത് സ്തംഭം പുൽക്കൊടീന ബ്രഹ്മാവ് തുടങ്ങി പുൽക്കൊടി വരെയുള്ള ഭൂതേഷു പ്രാണീഷു സർവ്വപ്രാണികളിലും സർവ ജീവജാലങ്ങളിലും ഗൂഢ എല്ലാ ജീവസമൂഹങ്ങളിലും ഇത് ഗൂഢനായിരിക്കുന്നു എന്ന് വെച്ചാൽ സംവൃതനായിരിക്കുന്നു ഒളിഞ്ഞിരിക്കുന്നു എന്നർത്ഥം സർവത്തിനിത് ഒളിഞ്ഞിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിന് തെളിവെന്താണ് അതിനകത്ത് പറയുന്നത് ദർശന ശ്രവണാദികർമ്മ ദർശനം ശ്രവണം തുടങ്ങിയ കർമ്മത്തോടു കൂടിയിരിക്കുന്നു പ്രവൃത്തിയോടുകൂടിയിരിക്കുന്നു കാണുക കേൾക്കുക മുണക്കുക രുചിക്കുക അറിയുക ചിന്തിക്കുക നിശ്ചയിക്കുക തുടങ്ങി നിരന്തരം അനേക പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതോ അത് തന്നെയാണ് ഗൂഢനായിരിക്കുന്ന ഈ ആത്മാവ് ഒളിഞ്ഞിരിക്കുന്ന ഈ ആത്മാവ് അതിനെയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇതെല്ലാം ചെയ്യുന്നവനായ ഒരാൾ ഉള്ളിലിരിക്കുന്നു അതാണ് ദർശന ശ്രവണാദികർമ്മ ദർശനം ശ്രവണം തുടങ്ങിയ പ്രവൃത്തികളോടുകൂടിയിരിക്കുന്നവൻ അങ്ങനെയാണെങ്കിൽ അതെന്തുകൊണ്ട് ഈ ദർശന ശ്രവണങ്ങളിലൂടെ അല്ലാതെ അതിന്റെ യാഥാത്മ്യത്തിൽ വാസ്തവ സ്വരൂപത്തിൽ അത് പ്രകാശിക്കുന്നില്ല പറയുന്നു അവിദ്യ മായാഛന്നോ അവിദ്യ അജ്ഞാനം മായ വിക്ഷേപം ഇതുകൊണ്ട് ആഛന്നമായിരിക്കുന്നു പൊതിയപ്പെട്ടിരിക്കുന്നു അജ്ഞാനം മറകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു വിക്ഷേപ വൃത്തികൾ കൊണ്ട് അത് മറഞ്ഞിരിക്കുന്നു അത് അങ്ങനെ മൂടിവെക്കുക മാത്രമല്ല അത് മറ്റു പലതും ഉണ്ടാക്കി കാണിക്കുകയും ചെയ്യുന്നു അതാണ് അവിദ്യ മായ രണ്ടിനെയും പറഞ്ഞത് അതുകൊണ്ട് ആഛന്നമായിരിക്കുന്നു അതേവ ആത്മാന പ്രകാശത്തെ അതുകൊണ്ട് തന്നെ ഈ ആത്മാവ് പ്രകാശിക്കുന്നില്ല പ്രകാശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സൂര്യന്റെ പ്രകാശം പോലും പ്രകാശിക്കുന്നില്ലെന്നില്ല ഈ ആത്മാവ് അറിയപ്പെടുന്നില്ല ആത്മാവ് അറിവിന് വിഷയമാകുന്നില്ല അല്ലെങ്കിൽ അതിനെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല അതിനെങ്ങനെയാണ് നമ്മൾ അറിയേണ്ടത് ആത്മാവിന് ഒരു പരമാത്മാവുണ്ട് സച്ചിദാനന്ദ സ്വരൂപനായൊരു പരമാത്മാവുണ്ട് അവനെ അറിയേണ്ടതാണ് എന്നല്ല അറിയേണ്ട വിനയോ ആത്മത്വേന സ്വസ്വരൂപമായിട്ട് സച്ചിദാനന്ദൻ എന്ന് പറയുമ്പോൾ അന്യനായിപ്പോ അത് തന്റെ സ്വരൂപമാണ് എന്നാരും അറിയുന്നില്ല അല്ലാതെ അറിയുന്നുണ്ട് നമ്മൾ ആത്മാവിനെ പഠിക്കുന്നുണ്ട് ശ്രവണം ചെയ്യുന്നുണ്ട് മനനം ചെയ്യുന്നുണ്ട് അപ്പോഴെല്ലാം നമ്മൾ ആത്മാവിനെ അറിയുന്നുണ്ട് പക്ഷെ ആത്മാവിനെ നമ്മൾ എങ്ങനെ അറിയുന്നു സച്ചിദാനന്ദ സ്വരൂപനായൊരു പരമാത്മാവ് എന്നറിയുന്നു ആ സച്ചിദാനന്ദ സ്വരൂപൻ എന്നുള്ള ഭാവന വരുമ്പം തന്നെ അന്യത്വഭാവന താനല്ല താൻ ആത്മാവിനെ അറിയാൻ ശ്രമിക്കുന്നവൻ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നവൻ ഈ ആത്മാവ് സച്ചിദാനന്ദ സ്വരൂപനാണ് എന്ന അന്യത്വനെയാണ് നമ്മളെപ്പോഴും ആത്മാവിനെ ബഹിർമുഖമായി ആക്കമുഖമല്ലാതെ അറിയാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറഞ്ഞു തന്നെ ആത്മത്വേന തന്റെ സ്വരൂപമായി കസ്യജിത് ും തന്നെ പ്രകാശത്തെ ഈ ആത്മാവ് പ്രകാശിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ആത്മാവിനെ അറിയാൻ ശ്രമിക്കും തോറും ആത്മാവ് അകന്നകന്ന് പോകുന്നത് കാരണം ആത്മാവിനെ അറിയാൻ ശ്രമിക്കുമ്പോഴും ആത്മാവിനെ ഒരു വിഷയമാക്കി ആത്മാവിൽ അനേക ഗുണങ്ങൾ അതിൽ കൽപ്പിച്ച് അനേക മഹത്വങ്ങൾ അതിൽ കൽപ്പിച്ച് അതിനെ അന്യനാക്കി അറിയാൻ ശ്രമിക്കുന്നു ആത്മത്വേന അതിനെ അറിയാൻ കഴിയുന്നില്ല ശ്രമിക്കുന്നില്ല എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു തന്റെ സ്വരൂപമായിരുന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും സ്പഷ്ടമായിരുന്നിട്ടും കാരണം ഒരുവൻ എല്ലാത്തിനെയും വിസ്മരിക്കാൻ തന്നെ വിസ്മരിക്കാൻ പാടില്ല ഒന്നിനെയും അറിയാതിരുന്നാലും തന്നെ അറിയാതിരിക്കാൻ പാടില്ല പക്ഷെ ഇവിടെ എല്ലാം വിപരീതമായി സംഭവിക്കുന്നു എന്തുകൊണ്ട് അഹോ അതിഗംഭീരാ ുരവാഹ്യചിത്രോ ജന്ധുസം ബോധ്യമാനോ അഹം പരമാ ഗൃതി അനത്മാനം ദേഹേന്ദ്രിസങ്ഘാതം ആത്മനോ ദൃശ്യമാനം അപ്പം ഖടാതിവത് ആത്മത് അഹം അമുഷ്യപുത്രമാനോവി നൂനം പരസ്പ മോമുഹ്യമാനോ ലോകോ തഥാസ്മരണം എന്തുകൊണ്ട് ഈ വൈരുദ്ധ്യം സംഭവിക്കുന്നു യുക്തിക്ക് നിരക്കാത്തത് ഒരിക്കലും പൊരുത്തപ്പെടാത്ത ഒരു കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാവിനെ അറിയാൻ ശ്രമിക്കുന്നത് പോലും അത് ശ്രുതിയിലൂടെയോ ആചാര്യ ഉപദേശത്തിലൂടെയോ എങ്ങനെ അറിയാൻ ശ്രമിക്കുമ്പോഴും ആത്മാവിന്റെ മഹത്വം മനസ്സിലാക്കും തോറും അതകന്നു പോവുകയാണ് അതിന്റെ യാഥാർത്ഥ്യത്തിൽ അതിന്റെ തന്റെ സ്വരൂപത്തിന് അതിന് സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാകോ അതിഗംഭീര എന്താണ് ഈ മായ അത് അതിഗംഭീരയാണ് ഗംഭീരം എന്ന് പറഞ്ഞാൽ ആഴമുള്ളത് വളരെ ആഴമുള്ളതാണ് ഈ മായ അതിന്റെ അടിത്തട്ടിലാണ് ഈ പരമാത്മാവ് ഈ ആഴത്തെ കടന്ന് ആ അടിത്തട്ടിലെത്താൻ ജീവന് ത്രാണിയില്ല അതാണ് ഉൾപറഞ്ഞ അതിഗംഭീര ദുരവഗാഹ്യ മറികടക്കാൻ പ്രയാസമുള്ളതാണ് പറയൂ സംസാരപാലം സംസാരത്തിന്റെ മറുകര എന്ന് പറയുന്നു അതിനോട് ആചാര്യസ്വാമികൾ ആത്മാർത്ഥമായി പറയുകയാണ് എന്താണ് ഇത് ദുരവഗാഹ്യ ഇത് മറികടക്കാൻ തീർത്തും പ്രയാസമുള്ളത് തന്നെയാണ് പിന്നെ തരണം ചെയ്യ എളുപ്പമല്ല എന്തുകൊണ്ട് വിചിത്ര വിചിത്രം വിചിത്രമായ സംസാരത്തെ പരിശുദ്ധനായി പരമാത്മാവിൽ ഇതുണ്ടാക്കി കാണിക്കുന്നു ഇത് തന്നെ വൈചിത്രം വാസ്തവത്തിൽ ഇല്ലാത്ത ബന്ധമോക്ഷങ്ങളെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നു സാധ്യമില്ല സാധനമില്ല സാധകനില്ല ഇതൊന്നും പരമാർത്ഥമല്ല പക്ഷെ ഇതെല്ലാം നിലനിർത്തിക്കൊണ്ടുപോകുന്നു അതിനാണല്ലോ വിചിത്രം എന്ന് പറയുന്നു പലതരത്തിലത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു മോഹിപ്പിക്കുന്നു മായ മോഹിപ്പിക്കുന്നവൾ നിരന്തരം ഈ ജീവനെ സർവോ ജന്തു യസ്മ ഇതുകൊണ്ട് അതാണ് കാരണം ഈ മായ ശക്തിയാണ് ഇതിന് കാരണക്കാരെ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അയം സർവോ ജന്തു സർവപ്രാണികളും സർവജീവന്മാരും പരമാർത്ഥത പരമാർത്ഥത്തിൽ വാസ്തവത്തിൽ പരമാർത്ഥ സതത്വമി പരമാർത്ഥ സതത്വം പരമാർത്ഥസ്വരൂപമാണെങ്കിലും പരമാർത്ഥസ്വരൂപമാണ് ഈ സർവപ്രാണികളും എന്നുവെച്ചാൽ ഈശ്വരസ്വരൂപികളാണ് സർവീശ്വരസ്വരൂപികളാണെങ്കിലും ഏവം ബോധ്യമാനോ അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യും ശ്രുതി ബോധിപ്പിക്കുന്നു ഗുരു ബോധിപ്പിക്കുന്നു സ്വയം ബോധിക്കാൻ ശ്രമിക്കുന്നു അഹം പരമാത്മീയതി താൻ പരമാത്മാവാണ് ആയിരം തവണ നൂറ് തവണ അത് ബോധിച്ചിട്ടുണ്ട് താൻ പരമാത്മാവാണ് എന്ന് എന്നാലും ന ഗൃഹണാതി അതിനെ അവൻ ഉൾക്കൊള്ളുന്നില്ല അനേക തവണ അവനെ ബോധിപ്പിച്ചിട്ടും ആചാര്യന്മാരും ശ്രുതിയും എല്ലാം അനേക ബോധിപ്പിച്ചിട്ടും ന അതിനെ അവൻ ഗ്രഹിക്കുന്നില്ല സ്വീകരിക്കുന്നില്ല അതിനെ വിട്ടുകളയുന്നു വീണ്ടും ആ പരമാത്മ തത്വമാണ് താനെന്നുള്ളതിനെ വിസ്മരിച്ച് അനേകവിധ സാധനങ്ങളിലും അനേകവിധ പ്രവൃത്തികളിലും എല്ലാം ഒഴുകിപ്പോകുന്നു തത്വവിസ്മരണത്തിൽ തത്വത്തെ വിസ്മരിച്ചുകൊണ്ട് സാധനാനുഷ്ഠാനങ്ങൾ മുഴുകുന്നു യാഥാർത്ഥ്യത്തെ മറന്നിട്ട് അനേക സാധനങ്ങൾ മുഴുകുന്നു എന്നത് ഇതാണ് പറഞ്ഞത് എന്താണ് അതിഗംഭീരമായ അതിഗംഭീരയാണ് ദുരവഗാഹ്യ മറികടക്കാൻ വളരെ പ്രയാസമുള്ളതാണ് ഒരാൾ സത്യത്തെ അറിയാതെ അസത്യത്തിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം അയാൾ സത്യത്തെ അറിയാത്ത കൊണ്ടാണ് ഇതങ്ങനെയല്ല സംഭവിക്കുന്നത് സത്യത്തെ അറിയുന്നവരും അസത്യത്തിന്റെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ നിർബന്ധിതരാകുന്നു അങ്ങനെ നടത്തിക്കുന്നവളാണ് മായ എന്ന് പറയുന്നത് അനാത്മാനം എന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നു നമ്മുടെ ഭാഷകാരൻ പറയുന്നു അനാത്മാവായിരിക്കുന്ന ആത്മാവല്ലാത്ത ദേഹ ഇന്ദ്രിയാദി സംഘാതം ദേഹം ഇന്ദ്രിയം തുടങ്ങി സംഘാതം ജീവന്റെ ഈ ഉടുപ്പ് ഈ ചട്ട ഈ ശരീര ഇന്ദ്രിയാദികളെല്ലാം കൂടി ചേർന്നിരിക്കുന്ന ഈ സംഘാതത്തെ ആത്മനോദൃശ്യമാനമബി തനിക്കത് ദൃശ്യമായിരിക്കുന്നു തന്റെ സ്വരൂപമല്ല ആത്മതത്വം വളരെ ലളിതമാണ് കാരണം അത് സ്വസ്വരൂപമായിരിക്കുന്നു അത് അന്യമല്ല ദൃശ്യമായ ഒന്നല്ല പക്ഷെ ദേഹീന്ദ്രിയ സംഘാതങ്ങൾ നമുക്ക് ദൃശ്യമാണ് നമ്മളതിനെ കാണുന്നുണ്ട് അനുഭവിക്കുന്നു പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സിലൂടെ എല്ലാം അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ദൃശ്യമാനമപി കാണുന്നു ഏതുപോലെ ഘടാധിപത് കൊടത്തെപ്പോലെ പുറമേ കാണുന്ന വസ്തുക്കളെ പോലെ പുറമേ കാണുന്ന വസ്തുക്കളൊന്നും തന്റെ സ്വരൂപമല്ല നമുക്കറിയാം ബാഹ്യമായിരിക്കുന്ന ഒരു വസ്തു തന്റെ യഥാർത്ഥ സ്വരൂപമല്ല തന്റെ യഥാർത്ഥ സ്വരൂപേതു അതാണ് ആത്മാവ് എന്നെല്ലാം വ്യക്തമായി അറിയാം താൻ ആത്മാവാണ് അനാത്മാവ് ഇന്ന വസ്തുവാണ് എന്നൊരു വ്യക്തമായും അറിയാം അതാണ് ഘടാധിപത് ദൃശ്യമാനമപഭി ഈ ശരീരം ഉൾപ്പെടെയുള്ള സർവ ദൃശ്യങ്ങളാണ് തന്റെ സ്വരൂപമല്ല എന്നെല്ലാം അറിഞ്ഞാലും മനസ്സിലാക്കിയാലും ആത്മത്വേന ഇതിനെല്ലാം ആത്മാവായി ഗ്രഹിക്കുന്നു ഈ ശരീര ഇന്ദ്രിയ സംഘാതത്തെ ബാഹ്യമായിരിക്കുന്ന ഒരു വസ്തുവിനെ പോലെ സ്ഥിതി ചെയ്യുന്ന ഈ ശരീരേന്ദ്രിയ സംഘാതത്തെ താനായി ഗ്രഹിക്കുന്നു എങ്ങനെ എങ്ങനെ വിജയിക്കുന്നു അമുഷ്യപുത്ര ഞാൻ ഇന്നാരുടെ മകനാണ് ഞാൻ ഇന്നടത്തെ ജനിച്ചവനാണ് നീ ആര് ഞാൻ ഇന്നാരാണ് എനിക്കിന്ന പേരുണ്ട് പലതരത്തിൽ ഈ ശരീരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ശരീര സംഘാതത്തെ താനെന്ന് ധരിക്കുന്നു അമുഷ്യപുത്ര ഇത് അനുച്ഛ്യമാനോ വികരണാദി അത് വാസ്തവത അല്ല എങ്കിൽ അതിനെ അതായിട്ട് ഗ്രഹിക്കുന്നു ഒരിക്കലും അതിനെ ആത്മാവെന്ന് പറയുന്നില്ല അനിച്ഛമാണോ ആത്മാവെന്ന് അതിനെ പറയുന്നില്ല നമ്മൾ ഒരിക്കലും തന്റെ സ്വരൂപമാണെന്ന് അതിനെ പറയുന്നില്ല എങ്കിൽ അങ്ങനെ ധരിക്കുന്നില്ലെങ്കിലും നമ്മൾ അതിനെ ആത്മാവായി കണക്കാക്കുന്നു ശരീരത്തെ ആത്മാവായി കണക്കാക്കുന്നു നിന്റെ സ്വരൂപം എന്താണ് അറിയാൻ ശരീരമല്ല എന്തുകൊണ്ട് ശരീരത്തെ എന്റേതെന്ന് പറയുന്നു ഞാനെന്ന് പറയുന്നില്ല അതാണ് അനിശ്ചിമാനം എന്ന് പറയുന്നത് ശരീരത്തെ ആരും എല്ലാവരും അറിയുന്നു എന്റേതാണെന്ന് അറിയുന്നു എന്റേതാണെന്നറിയുന്ന ഒന്നിന് പിന്നെ ഞാനെന്ന് രണ്ടാമത് ധരിക്കുന്നു അപ്പം ഞാനെന്ന് പരമാർത്ഥത്തിൽ ധരിക്കാത്ത ഒന്നിന് എന്റേതെന്ന് വ്യക്തമായി ധരിക്കുന്ന ഒന്നിന് രണ്ടാമത് ഞാനെന്ന് ധരിക്കുന്നു തീർച്ചയായും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് പരമാത്മാവിന്റെ തന്നെ ആയ ശക്തി ഇത് വേറെ പുറത്തുനിന്നൊന്നും വരാൻ വഴിയില്ലല്ലോ പരമാത്മാവുണ്ട് ആ പരമാത്മാവിലാണ് ഈ വിഭ്രമങ്ങൾ നടക്കുന്നതെങ്കിൽ ഈ വിഭ്രമങ്ങളെ ഉണ്ടാക്കി തരുന്നത് ആ പരമാത്മാവിന്റെ തന്നെ ശക്തി തന്നെ പരസ്യമായ മോമുഹ്യമാനഹ നിരന്തരം മോഹിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത്യധികം മോഹിച്ചുകൊണ്ടിരിക്കുന്ന കരകയറാൻ വയ്യാത്ത രീതിയിൽ മോഹിച്ചുകൊണ്ടിരിക്കുന്ന സർവ ലോക സർവ ലോകനും സർവ ജീവികളും ഭ്രമിച്ചുകേയിരിക്കുന്നു നിരന്തരം ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഭ്രമം സർവപ്രാണികൾക്കും അത് ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത്യധികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തെ പ്രത്യേകം കിട്ടുന്ന രണ്ട് പദങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യങ്ങന്ധങ്ങൾ എന്ന് പറയും ആ രണ്ട് ശബ്ദങ്ങൾ ഒരു ക്രിയയുടെ ആവർത്തനത്തെയും ആധിക്യത്തെയും കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതിന് കാരണമായ നേരത്തെയുള്ള ചോദ്യത്തിന് ഉത്തരമാണ് പറഞ്ഞത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു അന്ന് ഉത്തരം പറഞ്ഞു ചുരുക്കമായി മായ തഥാ ച സ്മരണം സ്മൃതിയും പറയുന്നു സ്മരണം സ്മൃതി ഗീതാസ്മൃതി അത് പറയുന്നു എന്താണ് നഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത ഭഗവാൻ പറഞ്ഞിരിക്കുന്നു ഞാൻ സർവരുടെയും സ്വരൂപമായിരിക്കുന്നുവെങ്കിലും അഹം സർവസ്യ ന പ്രകാശ ഞാനിത് സർവർക്കും പ്രകാശിക്കുന്നില്ല യഥതാമഭിസി നാം കസ്റ്റിത് മമ്പേത്തി സപ്ത അപൂർവം ചിലർ യഥതാമഭിസിദ്ധാനാം സിദ്ധന്മാര് ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന സഹസ്രങ്ങളുണ്ട് അങ്ങനെ സഹസ്രങ്ങൾ കസ്റ്റിദ് വളരെ അപൂർവം പേര് എന്നെ അറിയുന്നുള്ളൂ വാസുദേവ സർവമിതി സമഹാത്മാർലഭം ദുർലഭവും നല്ല അത്യധികം ദുർലഭമാണ് മനസ്സുദുർല ആ പരമാത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ളവർ എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒട്ടുമിക്കാൽ പേരും വിപരീത ദിശയിലേക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അറിയുന്നില്ല എന്തുകൊണ്ട് ആ പരിശ്രമം വിപരീത ദിശയിലേക്കായി പോകുന്നു മായ ാഹ്യ അതിഗംഭീര എന്ന് പറഞ്ഞ മായ അവനെ ലക്ഷ്യത്തിലേക്കല്ല വിപരീത ദിശയിലേക്ക് കൊണ്ടുപോകും വിപരീത ദിശ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ തത്വത്തെ വിസ്മരിച്ചിട്ട് സാധനങ്ങളിൽ മുഴുകുന്നതാണ് വിപരീത ദിശ എന്ന് പറയുന്നത് താൻ അന്വേഷിക്കുന്ന താൻ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്ന ഈ പരമാത്മാവ് തന്റെ സ്വരൂപമാണ് എന്നുള്ള തത്വത്തെ വിസ്മരിച്ച് തന്നയനായ പരമാത്മാവിനെ പ്രാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അത് വിപരീത ദിശയിലേക്കുള്ള സാധനങ്ങളാണ് ഒട്ടുമിക്ക പേരും അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ ഒട്ടുമിക്കരും ഒട്ടുമിക്ക ആൾക്കാരുകളും അതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ല അതാണ് മറ്റൊരു സത്യം അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു എന്താണ് അഹം പ്രകാശ സർവസ്യ ഞാൻ ഒരുവനും വെളിപ്പെടുന്നില്ല ആർക്കും ഞാൻ വെളിപ്പെടുത്തുന്നില്ല എന്നെ എന്തുകൊണ്ട് യോഗമായ സമാവൃത എന്റെ മായ അത് യോഗമായാണ് ആ മോ മായയാൽ എല്ലാവരും മൂടിക്കിടക്കുകയാണ് അതുകൊണ്ട് സമാവൃതന്മാരായിരിക്കുന്നു എന്നർത്ഥം ഇത്യാദി എന്നിങ്ങനെ ഭഗവാനും പറയുന്നുണ്ട് മായാമോഹിതന്മാരായിരിക്കുന്ന ഒരു ജീവനും ഞാൻ വെളിപ്പെടുത്തില്ല എന്ന് ഭഗവാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് കാരണം ഭാഷകാരന് ഏതൊക്കെ പറയുമ്പോ ചിലപ്പോ ഇതെല്ലാം സ്വന്തം കൽപ്പനകളാണ് അങ്ങനല്ല ഇത് സ്വപ്രമാണം ആണ് താൻ പറയുന്നത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഗീതയും മറ്റ് മന്ത്രഭാഗങ്ങളും എല്ലാം ഉദ്ധരിക്കുന്നത് എന്നാണ് ഇപ്പോൾ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് ആത്മാവ് പ്രത്യേക സ്വരൂപമായിരിക്കുന്നു മറ്റൊന്ന് മായാശക്തി അതിനെ മൂടിയിരിക്കുന്നു അതുകൊണ്ട് അതിനറിയുന്നില്ല അത് സാക്ഷാത്കരിക്കപ്പെടേണ്ടതാണ് പക്ഷെ അതിനെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ ഒരു വൈരുദ്ധ്യം അങ്ങനെ ഒരു വൈചിത്ര്യം അതിൽപ്പെട്ടിരിക്കുകയാണ് ഈ ജീവന്മാരല്ല നല്ലൊരു വിരോധമില്ല ഈ പറയുന്ന കാര്യത്തിൽ നമ്മൾ പറയുന്ന കാര്യത്തിൽ ഒരു വൈരുദ്ധ്യം വരുന്നില്ല എന്നാണ് അടുത്ത ശിഷ്യൻ ചോദിക്കുന്നത് നനു വിരുദ്ധം വിധമുച്ചത് നമ്മൾ ഈ പറയുന്നത് തന്നെ പരസ്പര വിരുദ്ധമായൊരു കാര്യമാണ് എന്താണ് മത്വ ധീരോ നശോചതി പ്രകാശതെ മത്വാധീരോ നശോചതി ഇതിനെ സാക്ഷാത്കരിച്ചാൽ അവൻ ദുഃഖിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇതിനടുത്തു പറയുന്നെന്താണ് എന്ന പ്രകാശത ഇതിനാരും സാക്ഷാത്കരിക്കുന്നില്ല എന്നും പറഞ്ഞു സാക്ഷാത്കരിച്ചാലേ ദുഃഖം നിവൃത്തിയുള്ളൂ ഇത് ഇതിനെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ലെന്നും പറയുന്നു ഇത് വളരെ ക്ലിഷ്ടമാണ് ബുദ്ധിമുട്ടുള്ളതാണ് മായ അതിനനുവദിക്കുകയില്ല എന്നെല്ലാം പറയുന്നു എന്നാൽ ഇതിനെ സാക്ഷാത്കരിച്ച് ദുഃഖം നിവൃത്തി നേടാൻ ഉപദേശിക്കുകയും ഇതിലൊരു വൈരുദ്ധ്യമിന്റെ എന്നാണ് ചോദ്യം സമാനം പറയുന്നു ഏതത് ഏവം ഇത് ഞാൻ പറഞ്ഞതുപോലെയല്ല നിങ്ങൾ ധരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് പോലെയല്ല കേൾക്കുന്നത് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത് പോലെയല്ല ഇത് ധരിക്കുന്നത് ഏതത് ന നിങ്ങൾ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന രീതിയിലല്ല ഇത് മനസ്സിലാക്കേണ്ടത് അതായത് ആത്മതത്വത്തെ ശ്രവിക്കുന്നിടത്ത് എന്തെങ്കിലും ക്ലിഷ്ടതകൾ എന്തെങ്കിലും പരസ്പര വൈരുദ്ധ്യങ്ങൾ നമ്മൾക്കുണ്ടാവുകയാണെങ്കിൽ ശ്രുതിയിൽ നിന്നോ ആചാര്യനിൽ നിന്നോ ശ്രമിക്കുമ്പോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ താല്പര്യം ആത്മതത്വത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെന്നല്ല മറിച്ച് നമ്മൾ ധരിക്കുന്നതിൽ ഒരുപാട് പോരായ്മകളുണ്ടെന്നാണ് ഒരിക്കലും ആത്മതത്വത്തിൽ ആത്മാവിന്റെ യാഥാർത്ഥ്യത്തിൽ ആ തത്വജ്ഞാനത്തിനൊരു പോരായ്മയും വരുന്നില്ല അപ്പോൾ യമദേവൻ ഇവിടെ വിശദമാക്കി തരാൻ ശ്രമിക്കുന്ന ആ ജ്ഞാനം ആ ജ്ഞാനത്തിൽ യാതൊരു കളങ്കുമില്ലാത്തതാണ് അത് പൂർണ്ണമാണ് പക്ഷേ ധരിക്കുന്നവന് പല വൈരുദ്ധ്യങ്ങളും ഇതെങ്ങനെ ശരിയാകും പലരും ചോദിക്കും അദ്വൈതം എങ്ങനെയാണ് ഇത് ശരിയാകുന്നത് ഇത് നടപ്പുള്ള കാര്യമല്ല പ്രായോഗികമല്ല ഇതങ്ങനെ ഒരാൾക്ക് അനുഷ്ഠിക്കാൻ പറ്റും വളരെ വളരെ വളരെ സംശയങ്ങളും പ്രതിവാദങ്ങളുമെല്ലാം ഈ പറയുന്ന തത്വത്തെ സംബന്ധിച്ചുണ്ടാകാം ഇതിനെല്ലാം ഉത്തരം വളരെ ലളിതമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ശ്രോതാവിന്റെ മനസ്സിലാണ് വക്താവിന്റെ മനസ്സിലല്ല വക്താവിന്റെ മനസ്സവിടെ തെളിഞ്ഞിരിക്കുകയാണ് പക്ഷെ ശ്രോതാവിൻ്റെ മനസ്സ് കലങ്ങിയിരിക്കുകയാണ് അപ്പോൾ അവിടെ ഈ തത്വം അങ്ങോട്ട് കടക്കത്തില്ല അവിടെ ഈ ജ്ഞാനം പ്രകാശിക്കത്തില്ല അത് തത്വത്തിന്റെ തത്വബോധത്തിന്റെ തകരാറല്ല മറിച്ച് അതിനെ സ്വീകരിക്കുന്ന ജീവന്റെ അന്ധകരണത്തിന്റെ ദോഷങ്ങളാണ് അതുകൊണ്ട് ഉടഭാഷികാരൻ പറഞ്ഞ് ഏതത് ഏവംന ഞാനീ പറഞ്ഞ തത്വം ഏവം നിങ്ങൾ ധരിച്ചതുപോലെ ഇപ്രകാരം അല്ല അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത് പിന്നെയോ വിശദീകരിക്കുന്നു അസംസ്കൃത ബുദ്ധേഹെ അവിജ്ഞേത്വ പ്രകാശതേത്വം ഗുരു ഉപദേശിച്ചിട്ടും ശാസ്ത്രം വെളിപ്പെടുത്തിയിട്ടും ധരിക്കുന്നില്ല ഇത് തത്വത്തെ പിടികിട്ടുന്നില്ല മാത്രമല്ല അത് വ്യക്തമാകുന്നതോറും അത് അകന്നകന്നു പോകും ക്ലിഷ്ടമായി വരുന്നു എന്തുകൊണ്ട് അസംസ്കൃത ബുദ്ധി ബുദ്ധിക്ക് അതിനെ ഉൾക്കൊള്ളുന്നതിനുള്ള സംസ്കാരമില്ല നമ്മൾ പറയാറുണ്ടല്ലോ വാസന അനുകൂലമല്ല കർമ്മം അനുകൂലമല്ല ചിത്തശുദ്ധി വേണ്ടത്ര വന്നിട്ടില്ല അസംസ്കൃത ബുദ്ധിയാണ് അവിജ്ഞേത്വ ഇത് വിജ്ഞേയമല്ല ഇത് വിജ്ഞയമല്ല അവിജ്ഞേത്വ അവിജ്ഞേയമാണ് ഇതിന്റെ കുറ്റമല്ല ഉപദേശിക്കുന്നവന്റെ കുറ്റമല്ല ശാസ്ത്രത്തിന്റെ കുറ്റമല്ല പരമാത്മാവിന്റെ കുറ്റമല്ല അവിജ്ഞേത്വ അസംസ്കൃത ബുദ്ധിഹേ അവിജ്ഞയിത്വ ബുദ്ധിക്ക് ചിത്രത്തിൽ സംസ്കാരമില്ലെങ്കിൽ അത് അവിജ്ഞേയമായിരിക്കും അതുകൊണ്ട് പറഞ്ഞു എന്താണ് ന പ്രകാശത അസംസ്കൃത ബുദ്ധികൾക്ക് ഇത് വെളിപ്പെടുന്നില്ല എന്ന് പറഞ്ഞു ഇത് വെളിപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് ഇത് ക്ലിഷ്ടമാണെന്ന് പറഞ്ഞത് ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് എന്നെല്ലാം പറഞ്ഞത് ആരും ഉദ്ദേശിച്ച് ചിത്തശുദ്ധി ഇല്ലാത്തവനെ സംബന്ധിച്ചാണ് ദൃശ്യതേതു സംസ്കൃതയ അഗ്രമിവാഗ്രിയ തയാ ഏകാഗ്രതയാ ഉപേതയാ ഇത് ചെയ്തത് ഇത് സ്പഷ്ടമാണ് സുസ്പഷ്ടമാണത് ദൃശ്യത യാതൊരു സംശയത്തിനും ഇടയില്ലാത്തവണ്ണം കാരണം തന്റെ സ്വരൂപത്തിൽ സംശയം വരാൻ പാടില്ല സൂര്യനിൽ അന്ധകാരം നിലനിൽക്കാൻ പാടില്ല അപ്പോൾ ഇത് സ്പഷ്ടമായ കാര്യമാണത് യാതൊരു സംശയത്തിനും ഇടവരാത്ത രീതിയിൽ സ്പഷ്ടമാണ് പക്ഷെ ഇവിടെ സംസ്കൃതയ സംസ്കരിക്കപ്പെട്ട ബുദ്ധി തെളിഞ്ഞ ബുദ്ധിയിൽ ബുദ്ധിയുടെ സംസ്കാരം എന്താണ് ബുദ്ധിയുടെ സംസ്കാരം അതിന്റെ അടയാളം എന്താണ് അഗ്രയ ആ ബുദ്ധി വളരെ സൂക്ഷ്മമായിരിക്കും അഗ്ര അഗ്രമിവ ഒരു മുള്ളിന്റെ അർത്ഥം അഗ്രം കൊടുത്തിരിക്കുന്നത് കൂടുത്തിരിക്കുന്നതിനാണ് അഗ്രമെന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഇവിടെ കൂടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിരിക്കുക ഈ പരമാർത്ഥ തത്വഗ്രഹണത്തിനുള്ള സാമർഥ്യം ഉണ്ടായിരിക്കുക അതാണ് ഇതിന്റെ സൂക്ഷ്മത അതാണ് അഗ്രമീവ കൂർത്തതുപോലിരിക്കുന്നത് ഒരു കൂർത്ത സൂചി പോലിരിക്കുന്നു അതിനിവിടെയും തുളഞ്ഞു കയറാൻ പറ്റും അപ്പൊ ഈ അജ്ഞാന അന്ധകാരത്തെ തുളഞ്ഞുകയറാൻ പ്രകാശത്തിന് കഴിയുന്നു ബുദ്ധിപ്രകാശത്തിന് അഗ്രിയ സൂക്ഷ്മമായ തയാ അതിന്റെ ആ അഗ്രത സൂക്ഷ്മത എന്താണ് അതൊന്നുകൂടി വിശദീകരമാകുന്നു ഏകാഗ്രതയാ ഉപേദയാ ഏകാഗ്രതയാ ഉപേദയാ ഏകാഗ്രതയോടുകൂടിയ ബുദ്ധി ഏകമായ ഗ്രത്തോടുകൂടിയത് സാധാരണ ബുദ്ധിക്ക് അനേകാഗ്രഹങ്ങളുണ്ട് ഇവിടെ പരമാത്മവിഷയമായ ബുദ്ധിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ എന്നുവെച്ചാൽ ആ ബുദ്ധിക്ക് ഒരൊറ്റ വിഷയമേ ഉള്ളൂ പരമാത്മാവ് മാത്രം അനേക വിഷയങ്ങൾ അവിടെ ഇല്ല ബുദ്ധി അനേക വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ അത് അനേകാഗ്രഹമാകുന്നു ബുദ്ധി ഏക വിഷയത്തിലേക്ക് വരുമ്പോൾ അത് ഏകാഗ്രമാകുന്നു അങ്ങനെയുള്ള ബുദ്ധി എന്നാണ് ൗകികമായ ബുദ്ധി സൂക്ഷ്മതയല്ല ഗ്രഹണ സാമർഥ്യമല്ല പാണ്ഡിത്യമല്ല ഭൗതിക പാണ്ഡിത്യം അല്ല അതൊന്നുമില്ല അവിടെ ഉദ്ദേശിക്കുന്നത് പരമാത്മാ അവലംബമായിരിക്കുന്ന ബുദ്ധി പരമാത്മാവിൽ തന്നെ നിഷ്ഠയുള്ള ബുദ്ധി പരമാത്മാ തത്വത്തെ അതിന്റെ യാഥാർത്ഥ്യത്തിന് നിഷ്ഠയുള്ള ബുദ്ധി അങ്ങനെയുള്ള ഏകാഗ്രതയ ഉപേതയാ ഏകാഗ്രമായ ബുദ്ധി സൂക്ഷ്മയാ ആ ബുദ്ധിയുടെ വിശേഷത എന്താണ് സൂക്ഷ്മ അതിനെ നിരൂപണം ചെയ്യുന്നതിൽ പര താത്പര്യം സാമർഥ്യം ഉള്ളത് ഇവിടെ സൂക്ഷ്മവസ്തു എന്ന് പറയുന്നത് പരമാത്മ വസ്തുവാണ് ലോകത്തും ഒരുപാട് സൂക്ഷ്മ വസ്തുക്കളുണ്ട് അതൊന്നുമല്ല ആ സൂക്ഷ്മ വസ്തുവിൽ നിരൂപണം ചെയ്യുന്നതിന് ഊഹാപോഹത്തിലൂടെ സമർത്ഥമായി ആ പരമാത്മ വസ്തുവിനെ നിരൂപണം ചെയ്യുന്നതിൽ സാമർഥ്യമുള്ള ആ ബുദ്ധി ഇവിടെയാണ് ശ്രവണത്തിന്റെയും മനനത്തിന്റെയും ഒക്കെ പ്രസക്തി വരുന്നത് ശരവണം മനനം തുടങ്ങിയ സാധനങ്ങളിൽ കൂടെ ആ മനസ്സ് കടന്നു പോകുന്നതിന് അങ്ങനെയുള്ള സൂക്ഷ്മ വസ്തു നിരൂപണപരമായ ഒരു ബുദ്ധി ആവശ്യമാണ് അങ്ങനെയുള്ള ഒരു ബുദ്ധിയിലൂടെ അത് ഭൗതികമായ വസ്തുഗ്രഹണ സാമർഥ്യമുള്ള ബുദ്ധിയുടെ പഠന സാമർഥ്യമല്ല അതൊന്നുമല്ല അങ്ങനെ ധരിച്ചു കളയുന്നത് ഒരുപാട് ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിനും ഒരുപാട് ഗ്രന്ഥങ്ങൾ ഓർമ്മിച്ച് വെക്കുന്നതിനുമുള്ള സാമർഥ്യാണ് ഇവിടെ ഉപദേശിക്കുന്നത് അങ്ങനെ സാമർഥ്യമുള്ള ബുദ്ധിക്ക് പരമാത്മ വസ്തു ശേഷി ഉണ്ടാവണമെന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അനേക ഗ്രന്ഥങ്ങൾ പഠിച്ചിരിക്കുന്ന പണ്ഡിതന്മാരെല്ലാം ആത്മനിഷ്ഠന്മാരായി തീർന്നത് അങ്ങനെ സംഭവിക്കുന്നതായും നമ്മൾ കാണുന്നില്ല അനേക വിഷയങ്ങളിൽ അറിവുള്ളവരെല്ലാം ആത്മബോധമുള്ളവരായി നമ്മൾ കാണുന്നില്ല അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ഭൌതികമായ ബുദ്ധി സാമർഥ്യമാണ് നാനാവിഷയങ്ങൾ ഗ്രഹിക്കുന്നതിനുള്ള സാമർഥ്യം നാനാവിഷയങ്ങൾ ഗ്രഹിച്ചതിന് വിശകലനം ചെയ്യുന്നതിനുള്ള സാമർഥ്യം നാനാവിഷയങ്ങളെ ഓർക്കുന്നതിനുള്ള സാമർഥ്യം ഇതൊന്നുമല്ല കാരണം അതെല്ലാം അനേകാഗ്ര ബുദ്ധിയാണ് ഇവിടെ ആ ബുദ്ധിക്ക് അനേകാഗ്രങ്ങളുണ്ട് ഇവിടെ ഏകാഗ്രമായിരിക്കും പരമാത്മാവ് മാത്രം അവിടെ വിഷയമായിരിക്കണം ആ ബുദ്ധി കേവലമായ ശാസ്ത്രപാണ്ഡിത്യം കൊണ്ടോ അല്ലെങ്കിൽ ജന്മസിദ്ധമായ ബുദ്ധി സാമർഥ്യം കൊണ്ടോ ഒന്നും ഉണ്ടാകുന്നതല്ല അത് ആത്മാ അവലംബിനിയായ ബുദ്ധിയാണ് പരമാത്മവിഷയമായിട്ടുള്ള ബുദ്ധിയാണ് അത് ലോകദൃഷ്ടിയിൽ മൂഢനായിട്ടുള്ളവനും ചിലപ്പോൾ ആ ബുദ്ധിയിലായിരിക്കും ജീവിക്കുന്നത് ലോകദൃഷ്ടിയിൽ ബുദ്ധിമാനായിട്ടുള്ളവനും പരമാത്മദൃഷ്ടിയിൽ മൂഢനായിരിക്കും അതുകൊണ്ട് ലൌകികബുദ്ധിയുമായി ഒരിക്കലും താരതമ്യപ്പെടുത്തി ഇവിടെ ആത്മബുദ്ധിയെ ധരിച്ചു കളയരുത് ഇവിടെ സൂക്ഷ്മവസ്തു പറയുന്നത് ആത്മവസ്തുവാണ് മറ്റെന്തെല്ലാം സൂക്ഷ്മ വസ്തുക്കളെ നമ്മൾ നിരൂപണം ചെയ്ത് ധരിച്ചാലും ആത്മവസ്തുവിനെ നിരൂപണം ചെയ്തു കൊള്ളണമെന്നില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ആ അത്യന്ത സൂക്ഷ്മം ഇവിടെ പറഞ്ഞല്ലോ സാഷ്ടപരാഗതി പരമസൂക്ഷ്മമായിരിക്കുന്ന സൂക്ഷ്മതമമായിരിക്കുന്ന ആ ബുദ്ധി ളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഈശ്വരോന്മുഖമായിരിക്കുന്ന സദാ ഈശ്വരോന്മുഖമായിരിക്കുന്ന ബുദ്ധി അത്രയൊരു ബുദ്ധി അത് ആ ഈശ്വരന്റെ വാസ്തവത്തെ ഗ്രഹിക്കും ക്രമേണയെങ്കിലും ഈശ്വരോന്മുഖമാണ് ആ ബുദ്ധിയെങ്കിൽ എന്തെങ്കിലും അതിന് അതിന്റെ പരിണാമത്തിന്റെ ആ പ്രയാണത്തിന്റെ അവസാനത്തിൽ അത് ഈശ്വരന്റെ യാഥാർത്ഥ്യത്തെ ഗ്രഹിച്ചിരിക്കും അവരെയാണ് അടുത്ത് പറയുന്നത് ആരാണ് ഈ കൂട്ടർമാവ് ആ പരമാത്മാവിനെ ദർശിക്കുന്നവർ അത് തന്നെ വിശദമാകുന്നു ഇന്ദ്രിയ പരാഹ്യർഥ ഇത്യാദിപ്രകാരേണ സൂക്ഷ്മത പാരമ്പര്യ ദർശനേന Param, Tehi, പരം സൂക്ഷ്മം ദ്രഷ്ടം ഇവിടെ പണ്ഡിതന്മാരെന്ന് പറയുന്നത് ഒരിക്കലും ഗ്രന്ഥഗ്രഹണ സാമർഥ്യമല്ല അക്ഷരഗ്രഹണ സാമർഥ്യമല്ല പുസ്തകങ്ങൾ പഠിക്കുന്നതിനുള്ള കഴിവല്ല ഓർത്തുവയ്ക്കാനുള്ള കഴിവല്ല അതൊന്നും ഇവിടുത്തെ പാണ്ഡിത്യമല്ല മറിച്ച് സൂക്ഷ്മർശി ഒരുപാട് ശ്ലോകങ്ങൾ ഓർത്തുവെക്കുക ഒരുപാട് മന്ത്രങ്ങൾ ഓർത്തുവയ്ക്കുക ഇതൊന്നും ഇതിന്റെ ലക്ഷണമല്ല ആത്മതത്വത്തെ ഗ്രഹിച്ചതിന് അതൊന്നും അടയാളമല്ല ഇന്ദ്രിയേ പരാഹ്യർത്ഥ എന്താണ് ആ സൂക്ഷ്മദർശിത്വം ഉണ്ടിരിക്കുന്നത് നേരത്തെ ശ്രുതി തന്നെ പറഞ്ഞല്ലോ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമാണ് അർത്ഥം അതിനപ്പുറമാണ് മനസ്സ് അതിനപ്പുറമാണ് ബുദ്ധി അതിനപ്പുറം ഹിരണ്ഗർഭൻ അതിനപ്പുറം അംബികം എന്ന് പറഞ്ഞ ഇത്യാദി പ്രകാരേന സൂക്ഷ്മത പാരമ്പര്യ ദർശനേന സൂക്ഷ്മതയുടെ ആ പാരമ്പര്യം ക്രമം അതിനിടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു അതിനെ ഗ്രഹിച്ച് പരം സൂക്ഷ്മം പരവുമായ ആ സൂക്ഷ്മത്തെ പരമാത്മാവിനെ ആ പരമാത്മാവിനെ ദ്രഷ്ടും ശീലം യേശാം സദാ സാക്ഷാത്കരിക്കുക ആരുടെ സ്വഭാവമായി മാറിയോ ും അതിനെ വിസ്മരിക്കാതെ നിരന്തരം തത് അനുഭവത്തിൽ സ്ഥിതി ചെയ്യുന്ന തേ സൂക്ഷ്മദർശന അവരാണ് ഇവിടുത്തെശികൾ അങ്ങനെയുള്ള സൂക്ഷ്മദർശികളാൽ പണ്ഡിതേഹി അവരാണ് പണ്ഡിതന്മാര് ആത്മബോധമുള്ളവർ എത്തിയത് അവർക്കിത് വ്യക്തമാണ് അപ്പോൾ രണ്ടു ശരിയാണ് ഗൂഢോത്മാ പ്രകാശത്തെ ഗൂഢാത്മാവ് പ്രകാശിക്കുന്നില്ല എന്ന് പറഞ്ഞത് അസംസ്കൃത ബുദ്ധികൾക്ക് വ്യവഹാര ബുദ്ധിയുള്ളവർക്ക് ഭൗതിക ബുദ്ധിയുള്ളവർക്ക് ഇത് പ്രകാശിക്കുന്നില്ല മറിച്ച് ആത്മീയ ബുദ്ധിയുള്ളവർക്ക് ആത്മസംബന്ധിയായിട്ടുള്ള പരമാത്മസംബന്ധിയായിട്ടുള്ള ബുദ്ധിയുള്ളവർക്ക് സൂക്ഷ്മ ബുദ്ധികൾക്ക് ഇത് പ്രകാശിക്കുന്നു അതുകൊണ്ടിവിടെ സംശയിച്ചതുപോലുള്ള യാതൊരു വൈരുദ്ധ്യവുമില്ല ശ്രുതി പലപ്പോഴും പല രീതിയിൽ പറയും ചില സ്ഥലത്ത് പറയും ഇത് അത്യധികം പ്രയാസമാണ് ചിലടത്ത് പറയും ഇത് അത്യധികം ലളിതമാണ് ചിലടത്ത് പറയും ഇതിന് അനേക ജന്മങ്ങൾ വേണ്ടി വരും ചിലടത്ത് പറയും ഇതിന് ഈ ജന്മം പോലും വേണ്ട ഈ ക്ഷണം മതി ചിലടത്ത് പറയും ഇത് ആർക്കും ഗ്രഹിക്കാൻ കഴിയത്തില്ല ചിലടത്ത് പറയും ഇത് ഏവർക്കും ഗ്രഹിക്കാം എന്നുള്ളതാണ് ചിലടത്ത് പറയും ഇത് പാപികൾക്കൊന്നും ഇതിന് ഗ്രഹിക്കാൻ പറ്റത്തില്ല ചിലടത്ത് പറയും എന്താണോ ഇത് സർവ്വപാപത്തെയും നശിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഇതിന് പാവിയെന്നോ പുണ്യമാനെന്നോ ഒന്നുമില്ല ഇങ്ങനെ പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന രീതിയിൽ ശ്രുതി ഉപദേശിക്കും അത് യാതൊരു വൈരുദ്ധ്യവും കാണണ്ട ഇതിന് താൽപ്പര്യം ഇങ്ങനെ ഗ്രഹിച്ചാൽ മതി ആരാണോ സൂക്ഷ്മദർശിയായിരിക്കുന്നത് അവൻ ഇതിന്റെ തത്വത്തെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നു അങ്ങനെ അല്ലാത്തവൻ അത് മനസ്സിലാക്കുന്നില്ല അത് സ്പഷ്ടമാണ് മായാമോഹിതനായിരിക്കുന്നു എന്തായാലും രണ്ടു കൂട്ടരുണ്ട് മായാമോഹിതരായിരിക്കുന്നവർ മായാവിമുക്തരായവർ രണ്ടു കൂട്ടരുണ്ട് അതിൽ ഒരു കൂട്ടർ ഇതിന്റെ യാഥാർത്ഥ്യത്തെ ഗ്രഹിക്കുന്നു മറ്റൊരു വോട്ടർ ഇതിന്റെ യാഥാർത്ഥ്യത്തെ ഗ്രഹിക്കുന്നില്ല എന്നാണ് ഭാഷ്യക്കാരനൂടെ വിശദമാക്കിയത് ു ഭൂതോത്മാന പ്രകാശത്തെ ദൃശ്യത്തെ ത്ഗ്രയാ ബുദ്ധ്യ സൂക്ഷ്മയാൂക്ഷ്മദർശി തത്പത്തി ഉപയ പരമാത്മാവിന്റെ പ്രതിപത്തി ആ പരമാത്മാവിന്റെ വിജ്ഞാനം സാക്ഷാത്കാരം അതിന്റെ ഉപായം അതിനുള്ള മാർഗം ആഹാ പറയുന്നു അപ്പൊ ചോദിക്കും ഇതുവരെ പറഞ്ഞു മാർഗം അല്ലെ ഇതുവരെ മനനം ചെയ്തതൊന്നും അതിന്റെ പ്രതിപത്തിക്കുള്ള മാർഗം അല്ലേ എന്ന് ചോദിച്ചു ഇതുവരെ മനം ചെയ്തതെല്ലാം ഇതുവരെ പറഞ്ഞ എല്ലാ അക്ഷരം പ്രതി സർവ്വവും ആ പരമാത്മപ്രാപ്തിക്കുള്ള ഉപായങ്ങൾ തന്നെയാണ് എന്നാലും പറഞ്ഞല്ലോ നേരത്തെ ദുരവഗാഹ്യ അതിഗംഭീര എന്നെല്ലാം വിശേഷിപ്പിച്ച ആ മായാശക്തി ഇതിന്റെ പ്രതിപത്തിക്ക് തടസ്സമായി നിൽക്കുന്നതുകൊണ്ട് വീണ്ടും ഉപായാന്തരം വേറെ ഉപായങ്ങൾ വീണ്ടും നിർദ്ദേശിക്കുകയാണ് ഇങ്ങനെയും ആകാം ഇങ്ങനെയും ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു വഴിയെ സഞ്ചരിക്കുമ്പോൾ വഴിയിൽ എന്തെങ്കിലും മാർഗ തടസ്സങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ വഴി വിട്ടിട്ട് വേറൊരു വഴിയെ സഞ്ചരിക്കുന്നു അങ്ങനെ സഞ്ചരിക്കണമെങ്കിൽ ഒരാൾക്ക് മറ്റു വഴികൾ ഉണ്ടെന്നുള്ള ബോധം വേണം ഒന്നിനും കൂടുതൽ വഴികളെ കുറിച്ച് അനുഭവം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഇനി മറ്റൊരു രീതിയിൽ പറയുകയാണ് ഇങ്ങനെയും ശ്രമിച്ചു നോക്കുക ഇതും ഒരുപാട് ശ്രുതി ഇത്രേ ആഗ്രഹിക്കുന്നുള്ളൂ ഈ ജീവൻ ഏത് തരത്തിലായാലും ശരി ഏതുപായത്തിലൂടെ ആയാലും ശരി സത്യത്തെ അറിയണം മിഥി അറിയരുത് മിഥി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുവെച്ചാൽ ആത്മാന്വേഷണത്തിനൊരുമ്പെടുന്നവനും ആത്മാന്വേഷണത്തിന് ഒരുമ്പെടാത്തവനും തമ്മിൽ ഒരു വ്യത്യാസമില്ലാത്ത അവസ്ഥയിലെത്തിച്ചേരുത് എന്നാണ് അങ്ങനെ വ്യത്യാസമില്ലാതെ വരുന്നത് ആത്മാന്വേഷണത്തിന് ഒരുമ്പെടുന്നവരാണ് ആത്മാവിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആത്മാവിന്റെ യാഥാർത്ഥ്യത്തെയാണ് ഇവിടെ ശ്രുതി വെളിപ്പെടുത്തിയത് അതിനെ മനസ്സിലാക്കാതെ ആ തത്വത്തെ ഗ്രഹിക്കാതെ അയാൾ അന്വേഷണം തുടരുകയാണെങ്കിൽ വാസ്തവത്തിൽ ഇത് ബോധപൂർവം അന്വേഷിക്കാത്തവനു ആണെന്ന് തമ്മിൽ വ്യത്യാസമൊന്നും എന്തുകൊണ്ട് ശ്രുതി എന്ന് പറയുന്നത് ഇതിനൊരാൾ ബോധപൂർവം അന്വേഷിക്കുന്നില്ല എന്നിരിക്കട്ടെ വാസ്തവത്തിൽ അബോധമായി അയാളും ആത്മാവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സർവരും അറിഞ്ഞോ അറിയാതെയോ ഒരേ ലക്ഷ്യത്തിലേക്ക് തന്നെ യാത്ര ചെയ്യുകയാണ് ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു ചിലർ ആ യാത്രയ്ക്ക് സ്പീഡ് കൂട്ടുന്നതിന് വേണ്ടി ബോധപൂർവം യാത്ര ചെയ്യുന്നു ഒട്ടും മിക്ക ജീവന്മാരും മനുഷ്യരായിക്കൊള്ളട്ടെ മറ്റ് ജീവജാലങ്ങളായിക്കൊള്ളട്ടെ അറിയാതെ മൂഢമായി ഈ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ജന്മങ്ങൾ കഴിയുമോറും ആ ജീവന പരിണാമങ്ങൾ സംസ്കാരപരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് പരമാത്മാവിനേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് രണ്ടെന്നുമല്ലൊരു വ്യത്യാസം വരരുത് എന്റെ അന്വേഷണം അതിന് വേഗത കൂട്ടണം ലക്ഷ്യത്തിൽ നേരത്തെ എത്തിച്ചേരണം ഈ സംസാരത്തെ അവസാനിപ്പിക്കണം അപ്പോൾ അതിനുവേണ്ടി ആണ് ശാസ്ത്രവും ഗുരുവും ആവശ്യമായി വന്നിരിക്കുന്നത് അതിനുവേണ്ടി ആണ് ഈ വ്യക്തമായ മാർഗം നിർദ്ദേശിക്കുന്നത് ആ വ്യക്തമായ മാർഗത്തെ മനസ്സിലാക്കാതെയാണ് ഒരാൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ആത്മാവിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെയാണ് ആത്മ സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ അത് ഒരാജ്ഞന്റെ യാത്രയാണ് യാത്ര ചെയ്യുന്നുവെന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല വഞ്ചി തിരുനക്കരത്തന്നെ എന്ന് വഴി പറയുന്നു അത് തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കും വീണ്ടും കെട്ടഴിച്ചു വിട്ടിട്ട് യാത്ര ചെയ്യേണ്ടി വരും അതുകൊണ്ട് എന്താണ് ഒരിക്കലും നമുക്ക് അബദ്ധം പണയാതിരിക്കാൻ ഒരു തരത്തിനും അബദ്ധം പണിയാതിരിക്കാൻ വേണ്ടി ശ്രുതി ഉപായാന്തരങ്ങൾ വീണ്ടും വീണ്ടും ഓരോരോ മാർഗങ്ങളും നിർദ്ദേശിക്കുകയാണ് ഇതുവഴി പോവുക ഇതുവഴി പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വഴി പോവുക എന്നിങ്ങനെ ഓരോ വഴികളും മാറി മാറി കാണിച്ചു തരികയാണ് ഭാഷകാരം പല സ്ഥലത്തും വരും ഇത് ദുരവഗാഹ്യമാണ് ജീവൻ അസംസ്കൃത ബുദ്ധിയാണ് ആരുടെയും കുറ്റമല്ല അങ്ങനെ സംഭവിച്ചു പോയി അതുകൊണ്ട് ഇതിനെ ആവർത്തി ആവർത്തിക്കണം പല ഉപായങ്ങളും വേണ്ടി വരും അതിനു വേണ്ടിയിട്ടാണ് ശാസ്ത്രം ഇതിനെ വീണ്ടും ആവർത്തിച്ചു പല രീതിയിൽ ഉപദേശിക്കുന്നു അതുകൊണ്ട് എന്തിനും ഇത് കൂടെ കൂടെ പറയുന്നു വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഒരു സാധകൻ ചിന്തിക്കാൻ പാടില്ല അതായത് ലോകത്തിൽ നിന്ന് വിരക്തി വന്നാണ് ഒരാൾ ആത്മീയ മാർഗത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ സാധനമാർഗത്തിലേക്ക് തിരിയുന്നത് പക്ഷേ അതിൽ ലോകത്തിൽ നിന്ന് വിരക്തി വന്നതിന് എളുപ്പം ഇതിൽ നിന്ന് വിരക്കി അങ്ങനെയാണ് സാധാരണ കണ്ടുവരുന്നത് അതിന് എളുപ്പം വിരക്തി ഇതിൽ നിന്ന് വീണ്ടും അയാൾ ലോകത്തിലേക്ക് പോകും വ്യവഹാരത്തിലേക്ക് പോകും ഇതിനെല്ലാം വിസ്മരിച്ചിട്ട് സാധാരണ സംഭവിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കുറച്ചു കാലമൊക്കെ കണ്ണടച്ചിരുന്ന് നോക്കും ഉറക്കം വരും ഇതിനുവേണ്ടി കൂടുതൽ പണിയെടുത്തിട്ട് കാര്യമൊന്നുമല്ല മറ്റെന്തെങ്കിലും പണി കിട്ടുമോ എന്ന് നോക്കും അങ്ങനെ പോകും ചിന്ത വിഘ്നങ്ങൾ ശ്രേയാംസി ബഹുവിഘ്ന ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്നവന് ഒരുപാട് വിഘ്നങ്ങളുണ്ടാവും ഈ വിഘ്നങ്ങളെ അതിജീവിക്കുന്നതിൽ ആത്മബലം ചിലപ്പോൾ കാണത്തില്ല അല്ലെങ്കിൽ ഉള്ളത് നഷ്ടപ്പെടും അങ്ങനെ വരുന്നവർക്ക് വേണ്ടി അവരെ വീണ്ടും ഇത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ശ്രുതി ആവർത്തിച്ച് ആവർത്തിച്ച് ഉപായാന്തരങ്ങൾ നിർദ്ദേശിക്കുന്നത് അതിൽ മടുത്തു പോകാൻ പാടില്ല നിരന്തരം ഇതിൽ തന്നെ നിൽക്കണം അതുകൊണ്ട് ഇതുവരെ ഉപായങ്ങൾ പറഞ്ഞതിന് ശേഷവും വീണ്ടും മറ്റൊരു ഉപായത്തെ നിർദ്ദേശിക്കേണ്ടത് നമ്മൾ അടുത്ത് ചർച്ചയും ഞാനിതൊന്ന് വായിക്കാം ഏഷു ഭൂത ഗൂഢോത്മാന പ്രകാശത്തെ ദൃശ്യത്തെ അഗ്രിയ ബുദ്ധ്യ സൂക്ഷ്മയാ സൂക്ഷ്മദർശി